വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവതം എഴുതാൻ ആരംഭിക്കുമ്പോൾ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞതിൻ്റെ ഓർമ്മയാണ് അപ്പോ എവിടുന്നാ തുടങ്ങുന്നത് മഹാഭാരത യുദ്ധത്തിലെ യുദ്ധം കഴിഞ്ഞ് കൗരവ സൈന്യം പാണ്ഡവ സൈന്യത്തിൽ ഒട്ടുമുക്കാലും മരിച്ചു കിടക്കാണ് അശ്വത്ഥാമ കൃപാചാര്യർ കൃതവർമ്മ ഇവർ മൂന്ന് പേരാണ് കൗരവശത്ത് ബാക്കിയുള്ളത് അശ്വത്ഥാമാവ് ദുര്യോധനന് എന്തെങ്കിലുമൊക്കെ പ്രിയമായിട്ട് ചെയ്യണം എന്ന് നിശ്ചയിച്ച് ചിലപ്പോൾ നമ്മൾ പ്രിയം ചെയ്യണമെന്ന് വിചാരിക്കും അപകടം മഹാപകടമായിട്ട് തീരും അശ്വത്ഥാമ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവ പുത്രന്മാരെയൊക്കെ വധിച്ചു ഉപപാണ്ഡവന്മാരൻ പേര് വലക്ക് ഉപപാണ്ഡവന്മാരെയൊക്കെ വധിച്ചു ദ്രൗപതി പുത്രന്മാരെയൊക്കെ വധിച്ചു രാത്രി ക്ഷത്രിയന്മാർക്ക് യുദ്ധത്തിൽ നേരിട്ട് വധിച്ചാൽ അത്ര കണ്ട് ദോഷമില്ല എന്നാണ് ഇത് ആദതായി എന്നാണ് അറുകൊല എന്ന് പറയില്ലേ ദ്രൗപതി തന്റെ അഞ്ചു കുട്ടികളും മരിച്ചു കിടക്കുന്നു കരയാണ് അർജുനൻ ശപഥം ചെയ്തു ഞാൻ ആ ആദായിയുടെ തലയിപ്പ കൂടെ കൊണ്ടുവരാം മഹാഭാരതത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭീമനാണ് പോണത് പുറകെ അർജുനൻ ഭഗവാനെയും കൂട്ടി ചെല്ലണമെന്നാണ് ഭാഗവതത്തിൽ അതൊന്നും പറഞ്ഞില്ല അർജുനനാണ് ചെല്ലണത് ഭഗവാനെയും കൂടെ വിളിച്ചു എവിടെ പോകുമ്പോഴും എന്തിനു പോകുമ്പോഴും ഭഗവാനെ കൂടെ കൊണ്ടുപോവാ ഭഗവാനെ കൂടെ കൊണ്ടുപോകണോ ഭഗവാൻ കൂടെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ വിഷം വഴി വരുമ്പോൾ അവരോടും ഇവരോടും പറയുന്നതിന് പകരം ഗുരുവായൂരപ്പനോട് പറയണം അത്രയേ ഉള്ളൂ നമ്മൾ എന്തിനും വിഷമം വന്നാൽ അടുത്ത വീട്ടുകാരോട് പറയും വീട്ടുകാരോട് പറയും നാട്ടുകാരോട് പറയും ഒരു വിധത്തിലും പരിഹരിക്കപ്പെടില്ല അല്ലെ അപ്പൊ അർജുനൻ ഭഗവാനെ കൂടെ കൊണ്ടുപോവാണ് അവിജ്ഞാത സഖാവായിട്ട് എല്ലാവർക്കും ഭഗവാൻ കൂടെ ഉണ്ടെന്നാണ് കൂടെ കൊണ്ടു ചെല്ലുന്നു അശ്വത്മനെ അശ്വത്മാവിനെ കുറെ ദൂരെ ഓടിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോ അർജുനന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ അശ്വത്ഥാമാവിന്റെ കയ്യിൽ ഭയങ്കരമായ ഒരു അസ്ത്രമുണ്ട് ബ്രഹ്മശീരം ബ്രഹ്മശീരസ്ഥെന്ന് പേരത് അർജുനനും ഉണ്ടത് അശ്വത്ഥാമാവൻ രണ്ടുപേർക്കേ ഉള്ളൂ ദ്രോണാചാര്യർ അർജുനന് മാത്രമേ അത് പറഞ്ഞു കൊടുത്തുള്ളൂ അത്ര പറഞ്ഞു കൊടുത്തപ്പോ അശ്വത്ഥാമാവ് കറിഞ്ഞ് നിലവിളിക്കൂട്ടി ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചിട്ട് എന്ത് കാര്യം ശിഷ്യനോടാണ് നിങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ അതുകൊണ്ട് അർജുനന് പറഞ്ഞു കൊടുത്തു എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് ബഹളം കൂട്ടിയപ്പോ അപ്പൊ ദ്രോണാചാര്യര് അശ്വത്ഥാമാവനും പറഞ്ഞു കൊടുത്തു പക്ഷെ തിരിച്ചെടുക്കാൻ പറഞ്ഞു കൊടുത്തില്ല വിടാൻ മാത്രം പറഞ്ഞു കൊടുത്തു ഉപസംയം ഉപസ ചെയ്യാൻ പറഞ്ഞു കൊടുത്തില്ല എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് വെച്ചാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ ഇയാൾ പ്രയോഗിക്കില്ല എന്ന് വിചാരിച്ചാണ് പറഞ്ഞു കൊടുക്കാത്തത് ഇയാൾ പ്രയോഗിക്കാതിരിക്കാനായിട്ട് തിരിച്ചെടുക്കാനുള്ളത് പറഞ്ഞു കൊടുത്തില്ല അർജുനന് മാത്രം ഇത് അസ്ത്രം അയക്കാനും തിരിച്ചെടുക്കാനും പറഞ്ഞു കൊടുത്തു അശ്വത്ഥാമാവ് ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അർജുനന്റെ നേരെ ബ്രഹ്മശിരസ്സിനെ അയച്ചു അമോഘ അത് അതിനെ എതിർക്കണമെങ്കിൽ ബ്രഹ്മശിരാസ്ത്രം കൊണ്ട് തന്നെ എതിർക്കണം അർജുനന്റെ നേരെ തത്തിജ്വലിച്ചുകൊണ്ട് ഈ ബ്രഹ്മശിരസ് വരുന്നു നമ്മളുടെ ജീവിതത്തിലും വരും പലവിധ വിഷമങ്ങൾ വരും അല്ലെ ദുഃഖങ്ങൾ വരും ഒന്നിൽ അതിനോട് എതിർക്കും അല്ലെങ്കിൽ നിലവിളിക്കും അല്ലെങ്കിൽ അടുത്തുള്ളവരോടൊക്കെ പറയും കരയും ഇവിടെ ഈ ബ്രഹ്മശിരസ് തന്റെ നേരെ വരുന്നത് കണ്ട ഉടനെ അർജുനൻ ഭഗവാന്റെ നേരത്തെ കൃഷ്ണ കൃഷ്ണ മഹാബാഹു ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോ സീ സംസൃതേ ഭഗവാന് സംസാരം എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു അഗ്നി അതിങ്ങനെ പുറമേക്കൊന്നും കാണാൻ വയ്യ അകമയാണതിങ്ങനെ നിന്ന് എരിയുന്നത് സഹിക്കവയ്യ അസാരേ സംസാര നിജഭജനൂരെ ജഡിയഭ്രമന്തം മാം അന്ധം പരമകൃപയാതും ഉചിതം ഞാൻ അന്ധനാണ് കുരുടനാണ് സത്യം കാണാൻ വയ്യ ഈ സംസാരം എന്ന് പറയുന്ന തീ ഉള്ളിൽ കിടന്ന് ചുട്ടിരിക്കുന്നു ഈ തീയിൽ നിന്ന് ഭഗവാനെ എന്നെ രക്ഷിക്കണം അപവർഗോസി സംസൃത്തെ അവിടുന്നാണ് അപവർഗപ്രഥ എന്റെ മനസ്സൊന്ന് കുളിര ശീതളമാവണം അവിടുന്ന് അല്ലാതെ എനിക്ക് വേറെ ആരും ഗതിയില്ല എന്ന് പറഞ്ഞ് അർജുനൻ ഭഗവാന്റെ കാല് പിടിച്ചു നമുക്കും സംസാര ദുഃഖം വരുമ്പോ ഗുരുവായൂരൊപ്പം അല്ലാതെ എവിടെ പോവും ഇപ്പൊ ഈ അസ്ത്രം വരുമ്പോ എന്തിനാപ്പോ ഈ സംസാര ദുഃഖത്തിനെ കുറിച്ച് എന്ന് വെച്ചാൽ ഈ അസ്ത്രം വരിക ഒരു കഥാഭാഗം ആ സന്ദർഭം വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയാണ് ഒരു സ്തുതി അതേപോലെ നമുക്കും ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളൊക്കെ ഒരു ഒരു ബാഹ്യ സന്ദർഭം മൂലകാരണം എല്ലാ വിഷമത്തിനുമുള്ള മൂലകാരണം സംസാരം തന്നെ ശരീരത്തിനെ ഞാൻ എന്ന് ധരിച്ചത് അജ്ഞാനം തന്നെയാണ് എല്ലാ ദുഃഖത്തിനും മൂലകാരണം അതിനൊരു ബാഹ്യ വസ്തുവാണ് ഈ ബ്രഹ്മശിരസും അത് മാറിയായിപ്പോ ഈ ബ്രഹ്മശിരാസ്ത്രം വന്നാൽ ബാധിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ അജ്ഞാനം മാറി സംസാര ദുഃഖം മാറി വെച്ചാൽ അപ്പൊ ഈ ബ്രഹ്മശിരസൊന്നും ബാധിക്കില്ലേ എന്നുവെച്ചാൽ വേറെ ഒരാളുടെ മുമ്പിൽ ഒരു അസ്ത്രം വന്നു അംബരീഷൻ ദുർവാസാവ് ഒരു തലമുടി പറിച്ചെടുത്തിട്ട് ഒരു അഗ്നി കൃത്രികയെ അദ്ദേഹം നിൽക്കുന്ന നിന്നെടുത്തൊന്നും ചലിച്ചില്ല ഇതുപോലെ പ്രാർത്ഥിച്ചൊന്നുമില്ല കൃഷ്ണകൃഷ്ണ മഹാബാഹു അദ്ദേഹത്തിന് പ്രാർത്ഥിക്കേണ്ടി വന്നില്ല എന്താന്ന് വെച്ചാൽ അപവർഗ അപവർഗമായി കഴിഞ്ഞു അദ്ദേഹത്തിന് ശരീരം താനല്ല എന്ന് ഉറച്ചു അപ്പൊ ഇനിയിപ്പോ ശരീരം ഭഗവാന്റെ ഇച്ഛ ഇപ്പൊ ഈ കൃത്യക കൊണ്ടുപോകണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു നിന്നപ്പോ യോഗക്ഷേമം മഹാമം ഭഗവാൻ രക്ഷിയേ സർവത്തോഹം രക്ഷിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ് അപ്പൊ അർജുനൻ ഒരു തലത്തില് അംബരീഷൻ ഒരു തലത്തില് രണ്ടു തരത്തില് നമുക്ക് കാണാം മുമ്പില് ഇവിടെ അർജുനൻ പറയുകയാണോ ഭഗവാനെ അല്ലാതെ എന്നെ രക്ഷിക്കാൻ വരെ ആരുണ്ട് ഭഗവാൻ പറഞ്ഞു അർജുനനോട് ഇത് ബ്രഹ്മശിരാസ്ത്രമാണ് നീയും ബ്രഹ്മശിരാസ്ത്രം പ്രയോഗിക്കാം അർജുനനും ബ്രഹ്മശിരാസ്ത്രം പ്രയോഗിച്ച് രണ്ട് അസ്ത്രവും സംഹരിച്ചു അടക്കിയെടുത്തു പിടിച്ചെടുത്തു അത് കഴിഞ്ഞ ഈ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി ബന്ധിച്ചു എങ്ങനെയാ ബന്ധിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വല്ല പശുവിനെയൊക്കെ പിടിച്ചു കേട്ടുന്ന പോലെ തഥാഹൃതം പശുവത് പാശബദ്ധം അവാങ് മുഖം തലകുനിച്ചു നിൽക്കണോ അത്ര അശ്വത്ഥാമാവ് കർമ്മ ജുഗുപ്സിന് ആരുടെ മുമ്പിൽ ആ കൊണ്ട് നിർത്തിയ ദ്രൗപതിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി തന്റെ അഞ്ചു മക്കളെയും കൊന്ന കൊലയാളി മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഒരു സാധാരണ സ്ത്രീ ഒരു വ്യക്തിയുടെ പ്രതികരണം എങ്ങനെ ഉണ്ടാവും എത്രയധികം നിന്ദിക്കണം എത്രയധികം ചീത്ത വിളിക്കണം എങ്ങനെയൊക്കെ പെരുമാറണം ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയപ്പോ ദ്രൗപതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവാങ്മുഖം കർമ്മ ജുഗുപ്സിന നിരീക്ഷ്യ കൃഷ്ണ അപകൃതം ഗുരോഹോ സുതം വാമസ്വഭാവ കൃപയാ നാമച അവൾക്ക് അശ്വത്ഥാമ എന്ന് കണ്ടില്ല കൊലയാളി എന്ന് കണ്ടില്ല ഗുരോഹോ സുതം ഒരൊറ്റ ദൃഷ്ടിയേ ഉള്ളൂ ഗുരുപുത്രൻ മുമ്പിൽ നിൽക്കണം കൊലയാളിയാണെന്ന് തോന്നിയില്ല അശ്വത്ഥമാണെന്ന് തോന്നിയില്ല ഗുരോഹോ സുതം വീണ് നമസ്കരിച്ചു എന്നാണ് വാമസ്വഭാവ കൃപയാ നാമ ച അതുമാത്രമല്ല ഈ കെട്ടിയിട്ടിരിക്കുന്നത് സഹിക്കവയ്യ അഴിച്ചുവിടും ഉവാച അസഹന്തി അസ്യ ബന്ധനാനയനം സതി അവൾ സതി പതിവ്രത ദ്രൗപതി പറഞ്ഞു അഴിച്ചുവിടും ഇവനവത്ത് വിട്ടിടുങ്കോ ഇവൻ ഗുരുപുത്രൻ ഗുരുവെ താം പിള്ളയുടെ രൂപത്തിലർക്കാം സയേവ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർദ്ധത ഏത് ഗുരുവാണോ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ കയ്യിൽ ധനുസ് വെച്ച് തന്ന് അമ്പു വെച്ച് തന്ന് ധനുർവിദ്യ ഒക്കെ അതേ ആചാര്യം തന്നെയാണ് ഇപ്പൊ പുത്രന്റെ രൂപത്തിൽ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് അയച്ചു അയച്ചുവിടും അതുമാത്രമല്ല പുത്ര ദുഃഖം എന്താണെന്ന് എനിക്കറിയാം ഞാൻ ദുഃഖിക്കുന്ന പോലെ ഇവന്റെ അമ്മ ഗൗതമി ദുഃഖിക്കരുത് ഇതാണ് അലോക ലോകത്തിൽ സാധാരണ എങ്ങനെയാണ് നമുക്ക് ദുഃഖം വന്ന് വേറെ ഒരാൾക്കും വന്ന് സാധാരണ എങ്ങനെയാണ് വീട്ടിൽ കറണ്ട് പോയാൽ ഉടനെ പുറത്തു വന്ന് നോക്കും അടുത്ത വീട്ടിലും പോയിട്ടുണ്ടെങ്കിൽ സമാധാനമാവും അതാണ് ലോകസാമാന്യം അലോകസാമാന്യം എന്താ എനിക്ക് വിഷമം വന്നാലും വേണ്ടില്ല വരവർക്ക് വരരുത് എന്നുള്ളത് വളരെ വിരളമാണ് ഇവിടെ ദ്രൗപദി പറയണേ എനിക്ക് പുത്രദുഖം എന്താണെന്നറിയാം ഞാൻ ദുഃഖിക്കണ പോലെ ഇവന്റെ അമ്മ കൃപി ഗൗതമി ദുഃഖിക്കരുത് മാറോദീത് അസ്യ ജനനി ഗൗതമി പതിദേവത യഥാഹം മൃതവത്സാർത്ത രോതിമി അശ്രുമുഖീ മുഹു അതുകൊണ്ട് അഴിച്ചുവിടും എത്രയോ ബ്രാഹ്മണശാപം കൊണ്ട് ക്ഷത്രിയ വംശം നശിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് അഴിച്ചുവിടും എന്നിട്ട് അറിഞ്ഞു ദ്രൗപതി ധർമ്മപുത്ര വളരെ സന്തോഷമായിരുന്നു എന്താണെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യന് ദുഃഖം വരുമ്പോൾ ധർമ്മം മറക്കും യുക്തിയുക്തമായ ചിന്ത മറന്നുകളയും ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടെങ്കിലും ദുഃഖം വന്നു കഴിഞ്ഞാൽ കാരുണ്യം വിട്ടുപോകും കാപട്യം ഉള്ളിലും എല്ലാറ്റിനും മേലെ സമനില തെറ്റിപ്പോവും ചിത്രത്തിന്റെ സമനില തെറ്റിപ്പോവും ദ്രൗപതിക്കാകട്ടെ ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീക്കം സമം വചർമ്മത്തിൽ നിന്ന് വിട്ടുപോയില്ല യുക്തയുക്തമായ ചിന്തയിൽ നിന്ന് വിട്ടുപോയില്ല കരുണ ഹൃദയത്തിലുള്ള കരുണയെ ആ ശോകം ബാധിച്ച ശോകം ബാധിച്ചില്ല ഒരു വിധത്തിലുള്ള ഉള്ളിൽ ബാധിച്ചില്ല സമനില തെറ്റില്ല ഇത്രയും കണ്ടപ്പോ ധർമ്മപുത്ര വളരെ സന്തോഷിച്ചിരുന്നു ഭഗവാൻ പറഞ്ഞു ഇവൻ കൊലയാളിയാണ് അതുകൊണ്ട് ശിക്ഷിക്കണം ബ്രാഹ്മണനാണ് ശിക്ഷിക്കരുത് ബ്രഹ്മബന്ധു ബ്രഹ്മബന്ധുവിനെ എന്ന അർത്ഥം ബ്രാഹ്മണാൻ ബന്ധുൻ വ്യപതിശതീ ന സ്വയം ബ്രാഹ്മണനെ ബന്ധു എന്ന് പറയാമത്രേ ബ്രാഹ്മണൻ എന്ന് പറയാമില്ല എന്നാണ് എന്ന് വെച്ചാൽ വേണ്ടതൊന്നുമില്ല ലക്ഷണങ്ങളൊന്നുമില്ല പക്ഷെ പൂണോലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ശികയൊക്കെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ബ്രഹ്മബന്ധു എന്ന് പേര് അതായത് ഇവൻ ബ്രഹ്മബന്ധുവാണ് എന്നാലും ബ്രാഹ്മണകുലത്തിൽ ജനിച്ചത് കൊണ്ട് വധം പാടില്ല എന്നാണ് എന്നാലും ഇനി ശിക്ഷിക്കാതെ വിടാനും എന്ത് ചെയ്യാം ഇയാളുടെ ശിരസില് ജന്മനാവ് കൊണ്ടുവന്ന ഒരു രത്നുണ്ട് അത്രേ ആ രത്നത്തോടുകൂടെ ശിഖാവപനം ബ്രാഹ്മണർക്ക് ശിഖാവപനം പാടില്ല എന്നാണ് തലമുടി എടുക്കാം ഒട്ടയടിക്കാം ഒന്നും പതിവില്ല പൂണൂലിട്ട് കഴിഞ്ഞാൽ യജ്ഞോപവീതത്തിന് ശേഷം പഴണിയായാലും ശരി തിരുപ്പതിയായാലും ശരി പാട്ടിനാണ് ശശിഖാവവനം നട തല മുഴുവൻ മുണ്ടനം ചെയ്ത് ആ ശിരസിലുള്ള രത്നടക്കം പറിച്ചെടുത്താൽ ഇത് വേതാളം പോലെ പിന്നെ അങ്ങോട്ട് നടക്കും അങ്ങനെ അങ്ങോട്ട് ശിക്ഷിച്ചു അപ്പൊ പോണപൊക്കിൽ എന്തോ നമ്മുടെ വിട്ടുവല്ലോ വെറുതെ വിട്ടുവല്ലോ എന്ന് തോന്നിയില്ല പാണ്ഡവന്മാരുടെ ബീജം പോലും ഇല്ലാതെ പോവട്ടെ എന്ന് പറഞ്ഞൊരു അസ്ത്രം ഇങ്ങോട്ട് ആ അസ്ത്രത്തിന് അതാണ് പറയണത് ഈ ചിലതിനൊന്നും വെറുതെ വിടാനേ പാടില്ല ഉള്ളിൽ വെറുതെ വിട്ടപ്പോ പാണ്ഡവന്മാര് ബീജത്തോടെ ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞ അസ്ത്രം അയച്ചതും ഭഗവാൻ പുറത്തുനിന്ന് അതിനെ ആവാഹനം ചെയ്തു വൈഷ്ണവ തേജസ് അടക്കി പക്ഷെ ആ ഈ ബീജത്തിനെ അന്വേഷിച്ച് ചെന്ന് അഭിമന്യുവിന്റെ പത്നി ഉത്തര ഉത്തരയുടെ ഗർഭത്തിനുള്ളിലേക്ക് കടന്നു ആ ഗർഭത്തിനുള്ളിൽ കടന്ന് ഗർഭസ്ഥ ശിശു ആ ശിശുവിനെ ബാധിക്കാൻ തുടങ്ങി വേദനിപ്പിക്കാൻ തുടങ്ങി ഉത്തര ഓടിക്കൊണ്ടുവരികയാണ് ഭഗവാൻ ദ്വാരകയ്ക്ക് പോവാൻ പുറപ്പെടുകയാണ് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പത്തെ നാന്യം ത്വദം പശ്യേയത്ര മൃത്യു പരസ്പരം ഭാഗവതത്തിൽ തന്നെ പ്രസിദ്ധമായി ഭാഗവതത്തിലും ഭാരതത്തിലുമായിട്ട് ചേർത്തി പ്രസിദ്ധമായ രണ്ട് ശരണാഗതിയുടെ ഉപാഖ്യാനങ്ങൾ ഒന്ന് ഗജേന്ദ്രൻ രണ്ട് ദ്രൗപതി ഇത് രണ്ടു പ്രസിദ്ധമായിട്ട് ശരണാഗതിക്ക് നമ്മള് ഉദാഹരണമായിട്ട് പറയണത് ഭഗവാന് ശരണാഗതി ചെയ്ത രണ്ടുപേർ ദ്രൗപതി ഭഗവാന് ശരണാഗതി ചെയ്തു വസ്ത്രാക്ഷേപ സന്ദർഭത്തിൽ വസ്ത്രാക്ഷേപ സന്ദർഭത്തിൽ ദ്രൗപതി ആദ്യം ധൃതരാഷ്ട്രരോ വിളിച്ചു കരഞ്ഞു പിന്നെ ഭീഷ്മരെ വിളിച്ചു കരഞ്ഞു പിന്നെ ധർമ്മപുത്രർ അർജുനൻ ഭീമൻ നകുലൻ സഹദേവൻ സകല സദസ്യരെയും എല്ലാവരെയും വിളിച്ചു കരഞ്ഞു ഒരാളും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോ കൃഷ്ണനെ ചീത്ത വിളിച്ചു ഞാനിവിടെ അപമാനിതയാവണു നീ അവിടെ ദ്വാരകയിലെ ആ പഞ്ചായത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അല്ലേ ചീത്ത വിളിച്ചു ഒന്നാണ് ഭഗവാന് കൃഷ്ണ കൃഷ്ണ ആദ്യം വിളിച്ചത് ഹേ കൃഷ്ണദ്വാരകാവാസിൻ കൃഷ്ണഗോപീജനപ്രിയ നീ ഗോപികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക കൃഷ്ണഗോപീജനപ്രിയ ഞാനിവിടെ കൗരവൈ ഹി പരിഭൂതാമാം കിംന ജാനാസി കേശവ ഈ കൗരവന്മാർ എന്റെ ചുറ്റുവിരുന്ന് എന്നെ വിഷമിപ്പിക്കണത് തന്നെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് ചീത്ത വിളിച്ചു എന്നിട്ട് അപ്പോഴും കുറച്ച് തന്റെ ശ്രമം ഉണ്ടെന്നാണ് അല്പം പിടിച്ചുകൊണ്ടിരുന്നു വസ്ത്രം താൻ ഉള്ളത്തോളം കാലം വരില്ല അവൻ അതും അങ്ങോട്ട് വിട്ടുകഴിഞ്ഞ് കൃഷ്ണകൃഷ്ണ മഹായോഗ്യൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാം പാഹി ഗോവിന്ദ കുരുമദ്ദേവസീദീം എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാന്റെ കൃപാവസ്ത്രം ഒഴുകിയത് കൃപയാണ് വസ്ത്രമേ ആ വസ്ത്രം ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കും അങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ തടസ്സം പൂർണ്ണമായി പോയാൽ കൃപ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അക്ഷരമണമാലയിലെ രമണ ഭഗവാനോട് ഒരു പാട്ട് നിർവാണമായി ചെയ്ത് അരുൾ ഷീരൈ അഴിത്ത് അരുൾ അരുണാചല എന്നൊരു പാട്ട് ഹേ അരുണാചല ചീരയഴിത്ത് നിർവാണമായി ചെയ്ത് എന്നെ നിർവാണമാ പണി അഹങ്കാരത്തെ പൂർണ്ണ ഇല്ലാമ പണി കൃപൈങ്ങ വസ്ത്രത്തെ കൊടു ഇന്ന് ദ്രൗപതിക്ക് കൊടുത്ത മാതിരി കൃപൈ അപ്പൊ കൃപൈ ഭഗവാന് കൊടുക്കണമെന്ന അഹങ്കാരം കൊഞ്ചം ഇരുന്നാ കൂടെ കൃപ വരാത് അഹങ്കാരം ഏൻ വരുന്നത് നമുക്ക് ലോകത്തിൽ ഏതാവത് ഒന്ന് ആശ്രയിക്കുന്ന അഹങ്കാരം ഇല്ലാതെ ഏതാവ് നമുക്ക് ഡിപെൻഡ് പണത് ലോകത്തിൽ ഏതാവ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ അഹങ്കാരം എടുക്കും ദ്രൗപതിക്ക് യാറാവ് ഡിപെൻഡ് പണ്ടാ നമ്മ ഭഗവാനെ ആശ്രയിക്കലെ ദൃതരാഷ്ട്ര ഭീഷ്മർ എല്ലാം പഞ്ചപാണ്ട വസ്ത്രാക്ഷേപ സന്ദർഭത്തിൽ തന്നെ സ്വയമേവ താനേ പുരിച്ച ഇത്തര ബലമായ അഞ്ചു പതികൾ പ്രയോജനം ഇല്ലേ നമുക്ക് കഷ്ടം വർത്ത ഒന്നും പ്രയോജനപ്പെടാതെ ഗജേന്ദ്രനുക്ക് ഇതേ കഥ ഗജേന്ദ്ര മോക്ഷത്തിൽ ഇത് കഥ ആദ്യം തന്റെ ബലം ഞാൻ ചെറിയൊരു മുതലാ കൊച്ചു മുതലയല്ലേ തള്ളിക്കളെ സാധിച്ചില്ല തന്റെ കൂടെയുള്ള ആനകളെയൊക്കെ വിശ്വസിച്ചു ഓരോരുത്തരെയായി വിളിച്ചു ഒരാളും പിടിച്ചിട്ട് രക്ഷയില്ല തന്റെ ബലവും പ്രയോജനപ്പെട്ടില്ല താൻ വിശ്വസിച്ചിരിക്കുന്നവരുടെ ഒന്നും ബലം പ്രയോജനപ്പെട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് യഹ് കശ്ചനേഷോ ബലിനോന്തകോരകാത് പ്രസണ്ഡ വേഗാത് അഭിതാവതോ വിഷം എന്ന് പറഞ്ഞ് ഭീതം പ്രപന്നം പരിപാതി യദ്ഭയാത് മൃത്യുഹൂ പ്രധാപതി അരണം തമീമഹി ശരണാഗതി ചെയ്യുന്ന അപ്പോഴവരാണ് പക്ഷേ ഇവിടെ ഉത്തര ഉത്തരയുടെ ശരണാഗതിക്ക് ഒരു വൈശിഷ്ട്യം എന്താന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഉണ്ട് പഞ്ചപാണ്ഡവരൊക്കെ ഉണ്ട് എല്ലാരും എടുക്കാം ഉത്തരക്ക് ഇല്ല ആ പെരിയ മാമനാർ എല്ലാരും എടുക്കാം ആർ കിട്ടിയും വേറെ ആര് ആരുടെ അടുത്തേക്കും ചെന്നില്ല നേരെ ഭഗവാന്റെ അടുത്തേക്ക് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ എന്താ അവരൊക്കെ ഇല്ലേ അവരുടെയൊക്കെ ശരണാഗതി ചെയ്തുകൂടെ എന്ന് വെച്ചാൽ അവരൊക്കെ രക്ഷിക്കില്ലേ എത്ര മൃത്യുഹൂ പരസ്പരം എല്ലാവർക്കും പരസ്പരം മൃത്യുണ്ട് ഒരാൾക്കും തന്നെ ഞാൻ രക്ഷിക്കാമെന്ന് പറയാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞു വളരെ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലുള്ള പേഷ്യൻ നാളെ രാവിലെ ഓപ്പറേഷൻ ചെയ്യാം ഇതൊക്കെ രക്ഷപ്പെടും പേടിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഡോക്ടർ രാവിലെ വന്നില്ല എത്ര മൃത്യുഹൂ പരസ്പരം ഇവിടെ ആർക്ക് വാക്കുകൊടുക്കാൻ പറ്റും മറ്റൊരാൾക്ക് തന്നെ ഞാൻ രക്ഷിക്കാമെന്ന് പറയാൻ പറ്റുമോ എന്താ എല്ലാവരും മൃത്യുവിയിലാണ് ഇരിക്കണതേ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഈച്ചയെ പിടിക്കാൻ പോണ പോലെയാണ് നമ്മളുടെ പാമ്പ് വായി അടക്കിയോ പക്ഷെ തവള പാമ്പിന്റെ വായിലാണ് ഇരിക്കുന്നത് എന്തൊരു ഗൗരവം അല്ലെ എത്ര മൃത്യുഹൂ പരസ്പരം എല്ലാവർക്കും മൃത്യു പരസ്പരം മൃത്യുവാണ് സകല സർവത്ര മൃത്യുവാണ് അപ്പൊ ഇത് കണ്ടതുകൊണ്ട് ഉത്തര ഈ അനിത്യ വസ്തുക്കളെ ആശ്രയിച്ചിട്ട് എന്ത് കാര്യം അതും വീഴും നമ്മളെയും വീഴ്ത്തിയിടും അതും മരിച്ചു പോകും നമ്മളും ദുഃഖിക്കും അതുകൊണ്ട് മൃത്യു ഭയം വരുമ്പോ ലോകത്തിൽ വേറെ ആരെ ആശ്രയിക്കാം ചെറിയ ചെറിയ സഹായമൊക്കെ ചോദിക്കാം ചാപ്പാട് കഴിക്കാം കൂപ്പൺ എവിടെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ വല്ലതെന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം ചോദിക്കാം മൃത്യു വരുമ്പോ എന്തു മരണം വരുമ്പോ എന്തു ആരെ ആശ്രയിക്കും ആരോട് ചോദിക്കും എത്ര മൃത്യുഹു പരസ്പരം മൃത്യുഞ്ജയം മൃത്യുഭയാശ്രിതാനാം അഹമ്മതിർമൃത്യു മുപൈതി പൂർവം അഥ സ്വഭാവാത് അമൃതേഷു തേശു കഥം പുനർമൃത്യുധിയോവകാശ മരണഭയം വരുമ്പോ മരണത്തിനെ ജയിച്ചവനായ ഒരാളേ ഉള്ളൂ ഭഗവാൻ ഭഗവാൻ എന്ന് വെച്ചാൽ അവർക്ക് പോയി ശരണാഗതി ചെയ്യുമ്പോൾ എന്ത് ചെയാൽ പിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഒരാൾ പോയി നമസ്കരിച്ചാൽ അയാളെ ആദ്യം കാച്ചോത്ര അവർ പിന്നെ അവർക്ക് മരണമില്ല എന്നാണ് കൊന്നു കഴിഞ്ഞാൽ പിന്നെ മരണമില്ലല്ലോ എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ മരണം ആർക്കാണ് മരണം ശരീരത്തിന് ശരീരം ഞാൻ എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരത്തിനാണ് മരണത്തിന് ഭയം ഈ അഹങ്കാരം ഭഗവാനെ ശരണാഗതി ചെയ്യുന്നതോടുകൂടെ പോയി എന്ന് വെച്ചാൽ പിന്നെ മരണവുമില്ല ജനനവുമില്ല പിന്നെ കഥം പുനർമൃത്യുദയോ അവകാശ അവർക്ക് മരണത്തിനെ കുറിച്ചുള്ള ചിന്തയേയില്ല അപ്പൊ മരണം വരുമ്പോൾ ഭഗവാനെ ശരണാഗതി ചെയ്താൽ മരണഭയം അതോടെ പോയി അയാൾ അപ്പം തന്നെ മരിച്ചു പോവും അഹങ്കാരം ശരീരം ജീവനോട് ഇരിക്കുമ്പോഴേ അഹങ്കാരം മരിച്ചു മരിച്ചു കഴിഞ്ഞ് ഏതൊന്ന് ജീവിച്ചിരുന്ന് മറ്റു ശരീരത്തിലേക്ക് പോകുമോ അത് ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചാൽ പിന്നെ മരണമില്ല എന്നാണ് മനസ്സിലായോ മരിച്ചു കഴിഞ്ഞ് ജീവിച്ചിരുന്നു കൊണ്ട് ഏതൊന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകുമോ അത് ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചാൽ പിന്നെ മരണവുമില്ല ജനനവുമില്ല ഷാവിക്ക് പേക്ക് എത് തുമ്പും ശരീരത്തെ ഉണ്ട് പണി അത് ജീവനോട് ഇക്കൊടുത്താ അപ്പുറം മരണം കിട ഇത്തര പോയി ഭഗവാനക്ക് ശരണാഗതി പണ്ട ശരണാഗതി പണിനതും ഭഗവാന് ഉത്തരയോട് ഗർഭത്തിൽ പോയി അത് ശിശുക്ക് ദർശനം കൊടുത്ത് അത് ശിശുവെ കാപ്പാത്തറ അത് ശിശു തരീക്ഷിത് പരീക്ഷിച്ച് റാർ എന്നോട് അമ്മ ശരണാഗതി പണിനാ നാ ഭവതം കേക്ക് ദശമ സ്കന്ധത്തിൽ ചേറ മാതുഷമേയ ശരണംതായാഹ എന്നോട് അമ്മ ശരണാഗതി പണിന ഭാഗവതം കിടച്ചത് അമ്മ ഭഗവാനുക്ക് ശരണാഗതി പണിനിശുക്ക് ഭഗവത് പ്രാപ്തി പഞ്ചമ സ്കന്ധത്തില ഋഷഭയോഗീശ്വര ഉപാഖ്യാനത്തെ എടുത്ത് ചൊല്ലി ഭരത ചരിത്രത്തെ ചൊല്ലി ഭരതചരിത്രം പറയുന്ന സ്ഥലത്ത് ശ്രീശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനെ ഒരു പ്രത്യേക പേര് കൊണ്ട് വിളിക്കണു ഹേ ഉത്തരാമാതഹ ഉത്തരയെ അമ്മയായി കിട്ടാൻ ഭാഗ്യം ചെയ്തവനെ എന്നാണ് എന്താപ്പൊ ഉത്തരയെ അമ്മയായി കിട്ടിയതിന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ ഉത്തര ശരണാഗതി ചെയ്തു ശരണാഗതി ചെയ്യണ അമ്മ വളരെ കുറവാണ് ഗർഭസ്ഥ ശിശുവിനെ ഭഗവാൻ അർപ്പിച്ചു അങ്ങനെ ഉത്തര ഭഗവാനെ ശരണാഗതി ചെയ്തു ഭഗവാൻ ആ ശിശുവിനെ ഗർഭത്തിൽ രക്ഷിച്ചു ആ ശിശുവിനെ രക്ഷിച്ചതോടുകൂടെ ഇവിടെ ഭഗവാൻ ദ്വാരകയ്ക്ക് പുറപ്പെടെയാണ് ഒരു മുത്തശ്ശി വന്ന് നമസ്കരിച്ചു ഭഗവാന്റെ അച്ഛന്റെ പെങ്ങളാണ് കുന്തി തമിഴിൽ എന്നെ ചിലവ് ഭഗവാനുക്ക് അത്തെ കുന്തി കുന്തി ഭോജനക്ക് ദത്ത് കൊടുത്തതിനാൽ കുന്തേര് പ്രധാന പേര് വസുദേവർക്ക് സഹോദരി കുന്തി വരാ സാധാരണ കൃഷ്ണ അവതാരത്തിൽ ഭഗവാന് എല്ലാവർക്കുമേ നമസ്കാരം പടുത്ത കുന്ത ഭഗവൻ നമസ്കാരം കുന്തി ചല ഭഗവാനേ ഇത്രനാ ഉന്നെ പാത്തണ്ടേ ഇന്നേ അവതാരം അത് എപ്പിരുക്ക് ഒരു ക്ഷണത്തിക്ക് പാത്താ ഭഗവാന് തോന്നും ഇന്നൊരു ക്ഷണത്തിക്ക് വേഷം മാറിടും ഒരു ക്ഷണത്തിക്ക് ഈശ്വരത്വം ഇന്നൊരു ക്ഷണത്തിക്ക് ഒരു ഭാവം അതിനുള്ള പുരിച്ചുക്കത് രം ഒരുക്കാത്താ കൃഷ്ണൻ എന്നോട് സഹോദര പുത്രൻ താനേ തോന്നരുത് അപ്പത പാത്താ ഭഗവാന് തോന്നുന്നത് ശരി ഭഗവാൻ നമസ്കാരം മണിയുടെ റൂമേന്ന് പോയി കിട്ട പോ തന്നോട് സഹോദരനോട് പിള്ളയാതാൻ തരീരുത് ഇവിടിയേ ഭാവം മാറി മാറി വരുത് അവതാരത്തിനെ ഭഗവാൻ അവതരിച്ചു വരുമ്പോ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് അപ്പൊ കുന്തി പറയാ ഭഗവാനെ ഞാൻ ഇപ്പൊ ഇത്ര വയസ്സുകാലായി വയസ്സായി ഇത്ര അനുഭവിച്ച് അനുഭവിച്ചിപ്പോ പഠിച്ചു എന്താ പഠിച്ചു വെച്ചാൽ അവിടുന്ന് പരമപുരുഷനാണെന്ന് ഞാൻ അറിഞ്ഞു നമസേ പുരുഷന്തു ആദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാം അന്തർബിരവസ്ഥിതം സർവഭൂതാം അന്തർബിരവസ്ഥിതം അന്തർബിഷ് വ്യാപ്യ നാരായണസ്ഥിത ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് നാരായണനാണ് അവിടുന്ന് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാലോ അലക്ഷ്യം കാണാനും വയ്യാന്ന് ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കണോ കാണാൻ വയ്യ ഇതെന്ത് ബ്രഹ്മം എല്ലായിടത്തും നിറഞ്ഞിരിക്കണോ പിന്നെന്താ ഒന്ന് കാണാൻ വയ്യ അന്തർബിരവസ്ഥിതം ഝഷാണാം ഹരിഹി ഝഷാണാമിവ തോയമീപ്സിതം എന്ന് ഭാഗവതത്തിലുണ്ട് ഈ മത്സ്യം വെള്ളത്തിൽ കിടക്കും പക്ഷെ മത്സ്യത്തിന് വെള്ളം കാണാൻ പറ്റില്ല ഒരു മീൻകുട്ടി അമ്മ അടുത്ത് വെച്ചെന്ന് ചോദിച്ചു അമ്മ വെള്ളം എന്ന് എന്താണ് ചോദിച്ചു അപ്പൊ അമ്മ മീന് പറഞ്ഞു കുട്ടി മത്സ്യത്തിനോട് അയ്യോ നമ്മള് വെള്ളത്തിലാണ് ഇരിക്കണത് ഉള്ളില് വെള്ളം പുറത്ത് വെള്ളം എല്ലായിടത്തും അമ്മ വെള്ളം കണ്ടിട്ടുണ്ടോ അമ്മ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ മുത്തശ്ശന്മാർ ആരോ കണ്ടിട്ടുണ്ട് അവരുടെ ഇടയിലും നമ്മളെ പോലെ പ്രഭാഷണം ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും മത്സ്യങ്ങളുടെ ഇടയിൽ അവര് വെള്ളത്തിനെ കുറിച്ചൊക്കെ മഹിമ വർണ്ണിക്കുമ്പോ വെള്ളത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ അവര് ശ്ലോകം ചൊല്ലും ആ പോവാ ഇതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മീനൊരു വലയിൽ കുടുങ്ങും അയാൾ വല പുറത്ത് വലിച്ചു വലിച്ചപ്പോ സർവത്ര ജലം ശ്വാസം മുട്ടുന്നു പുറത്ത് നിൽക്കാൻ വയ്യ ചെറിയ വലയുടെ ദ്വാരത്തിനുൾക്കൂടെ കൊച്ചു മത്സ്യം വീണ്ടും വെള്ളത്തിൽ ചാടി പറഞ്ഞു ഇപ്പം എനിക്കറിയാം വെള്ളം വെള്ളമില്ലാതെ നിൽക്കാം സുഖം അറിയണമെങ്കിൽ വെള്ളത്തിന് അല്പം വീട്ടാം അല്ലേ അതേപോലെ ഭഗവാനെയും നമ്മളുടെ സ്വരൂപം ഭഗവത് സ്വരൂപമാണെന്ന് അറിയാതിരിക്കാൻ കാരണം എന്താ നമുക്ക് അല്പം ഭഗവത് അനുഭവമുണ്ട് ശരീരാനുഭവമുണ്ട് ശരീരാനുഭവത്തിൽ പെട്ടെന്ന് ഏറ്റവുമധികം വിഷമിച്ച് ദുഃഖിച്ച് വലഞ്ഞു കഴിയുമ്പോ വീണ്ടും ഈ സുഖത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും അല്ലേ ഒരു മഹാത്മാവുണ്ടായിരുന്നു മഹാരാഷ്ട്രത്തിൽ അദ്ദേഹം പറയും ജ്ഞാനം എല്ലാവർക്കും ഉണ്ട് മുക്തി എല്ലാവരുടെ പക്ഷെ അത് അറിയണമെങ്കിൽ അതിനെ വിപരീതമായിട്ടുള്ള അത്യധിക ദുഃഖം അനുഭവിക്കണമെന്നാണ് ആ അനുഭവിച്ചു കഴിയുമ്പോഴാണ് ഇതിലേക്ക് വരുമ്പോൾ മനസ്സിലാവുക മാക്സിമം സഫറിംഗ് ഇപ്പോ സർവത്ര ഉള്ളും പുറത്തുമൊക്കെ കൃഷ്ണൻ നിറഞ്ഞിരിക്കണം എന്നിട്ടും കൃഷ്ണനെ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ കാരണം എന്താ ദുഃഖം അധികമായിട്ടില്ല ആ നമുക്ക് ഭഗവാൻ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നത് തന്നെ ദുഃഖം തരുന്നത് ദുഃഖം വരുമ്പോ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന പോലെ സുഖം വരുമ്പോ ആരും പോല സുഖമായിട്ടിരിക്കുമ്പോ ആരും പോല കു കുറേ നേരം വേർത്തിട്ട് പിന്നെ എ സി ഇട്ടാ അല്ലേ വിഷമിച്ചു കഴിഞ്ഞിട്ട് അല്പം എ സി ഇടുമ്പോ അതേസമയം എപ്പോഴും എ സി ഇട്ട ഒരു സുഖമില്ല വേർത്തിട്ട് പോണം കുറേ ദുഃഖം വരുമ്പോഴാണ് ഇതിന്റെ ദാഹിച്ച് കഴിയുമ്പോഴാണ് രുചി എറിയുക അപ്പോഴാണ് വെള്ളത്തിന് രുചി വല്ലതും ഉണ്ടെന്ന് തന്നെ അപ്പോഴേ അറിയുള്ളൂ അതേപോലെ ദുഃഖം വരുമ്പോ നമ്മളുടെ മനസ്സ് പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകും അതാണ് ബട്ടേരി പറഞ്ഞത് ഹേ രോഗാഹാന്നു യൂയമേവ സുഹൃത്തേ രോഗങ്ങളെ നിങ്ങളാണ് എനിക്ക് സുഹൃത്തുക്കൾ എന്നാണ് ഈ രോഗമൊന്നും വന്നിട്ടില്ലെങ്കിൽ ഗുരുവായൂരപ്പനെയും ഒക്കെ മറന്ന് എന്ന് നാളെ നാളെ നാളെ അല്ലേ പല ആളുകളുടെയും അങ്ങനെയാണ് എൺപത് തൊണ്ണൂറ് വയസ്സായിട്ട് പറയും ഇനി എത്ര ദിവസം കിടക്കണമെന്നാണ് ഭാഗവതമൊക്കെ വായിക്കാം അതൊക്കെ ആവട്ടെ അതൊക്കെ ഇപ്പൊ ഈ ചെറുപ്പകാലത്തൊക്കെ ഈ ഭക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന മഠയത്തരം ഞങ്ങളെയൊക്കെ നോക്കുക ഞങ്ങളിതാ സുഖമായി ടി വി ഒക്കെ കണ്ട് ആയിട്ടില്ല നാളെ നാളെ തി നാളേത്തി നീളനീളേ പുനഃ പുനഃ പോയിക്കൊണ്ടേയിരിക്കും അത്ര അവസാനിക്കില്ലാന്ന് എപ്പോഴാ ഒരു അവസാനം ഒരു ടേണിംഗ് പോയിന്റ് വരണതെന്ന് വെച്ചാൽ ഒരു ദുഃഖം ഒരു കടി കിട്ടുമ്പോ എവിടെയെങ്കിലും ഒരു കടി പക്ഷെ അല്പം ദുഃഖം കിട്ടിയാൽ പോരാ അതാണ് വിവേകാനന്ദ സ്വാമികൾ പറയാം മായ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചവിടത്തടിക്കും അപ്പൊ കുറേ കാര്യം കരഞ്ഞു കഴിഞ്ഞ ഒരു വൈരാഗ്യം വരുന്ന പോയിന്റായ വായിലൊരു ചോക്ലേറ്റ് ഇട്ട് വരൂ അത്ര അപ്പൊ ഈ ദുഃഖമൊക്കെ ആ സുഖം സുഖം സുഖം കുറേ ദുഃഖിച്ച് അല്പം സുഖം കിട്ടിയാൽ അല്പസുഖത്തിനെ ചിന്തിച്ചുകൊണ്ട് ഈ ദുഃഖത്തിനെ മറന്നു പോവും അതുകൊണ്ട് കുന്തി പറയണു ഭഗവാനെ ഞാനൊരു സീക്രട്ട് കണ്ടുപിടിച്ചു കുറേ ദുഃഖിച്ചപ്പോ എനിക്ക് കൃഷ്ണനല്ലാതെ വേറെ ഗതിയില്ല ബോധ്യായി ദുഃഖമാണ് എന്റെ സുഹൃത്തായിട്ടിരിക്കുന്നത് വിപദ സന്തുന ശത്ര തത്ര ജഗദ്ഗുരു ദർശനം യത് സാർഭവദർശനം വിപദോ നൈവ വിപദ സമ്പദോ നൈവദ വിപദ് വിസ്മരണം വിഷ്ണോ സമ്പത് നാരായണ സ്മൃതി വിപത്ത് എന്ന് പറയണത് വിപത്തല്ല സമ്പത്ത് എന്ന് പറയുന്നത് സമ്പത്തല്ല നമ്മൾ വിപത്ത് എന്ന് വിചാരിക്കുന്നതൊക്കെ സമ്പതായിട്ട് പരിണമിക്കും നമ്മൾ സമ്പത്ത് എന്ന് വിചാരിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റി സുഖഭോഗങ്ങളിൽ ആഴ്ത്തി ഭഗവത് പദത്ത് നിന്നും മാറ്റിക്കിടങ്ങി സമ്പദോ നൈവ സമ്പദ വിപത് വിസ്മരണം വിഷ്ണു ഏറ്റവും വലിയ ആപത്ത് എന്താ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മറന്നുപോയാൽ അതിനേക്കാൾ അപകടമൊന്നുമില്ല വശിഷ്ട മഹർഷി രാമന് ഉപദേശിക്കുമ്പോൾ യോഗവാസിഷ്ടത്തിൽ പറഞ്ഞു ഹേ രാമ ഒരു മൺചട്ടിയും എടുത്തുകൊണ്ട് ചണ്ടാളത്തെരുവിൽ പോയി ഭിക്ഷയെടുത്തിട്ട് ഇരുന്നാലും വേണ്ടില്ലേ ജ്ഞാനിയായിട്ടിരിക്കണം സ്വരൂപത്തിന് മറക്കാതിരിക്കണം ശരീരത്തിനെ താനെന്ന് ധരിക്കാതിരിക്കണം ചക്രവർത്തിയായിട്ട് ഇരുന്നിട്ടാണെങ്കിലും വേണ്ടില്ലേ അജ്ഞാനിയായിട്ട് ഇരിക്കരുത് എന്നാണ് പരം ശരാവഹസ്ത ചണ്ടാളാകാര ഭിക്ഷാർത്ഥമടനം രാമ മൗർഖ്യഹത ജീവിതം മൂർഖതയില് താനല്ലാത്തതിനെയൊക്കെ താനെന്ന് കരുതി ശരീരത്തിന് താനെന്ന് കരുതി ഭ്രമിച്ചു പോവരുത് ആ ഭ്രമത്തിൽ ഇരിക്കുന്നിടത്തോളം ഇവന് ദുഃഖത്തിന് അറുതിയെ വരില്ല ഒരു അറുതി ഇല്ലാതെ അപ്പോ മഹാപകടമായിട്ടുള്ളത് എന്താ തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മറന്നു കളയണം ആ അപകടം നമുക്ക് പറ്റിപ്പോയിരിക്കണമെന്ന് ഒരാൾ അമ്പലത്തിൽ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു പായസം കൊടുത്തു നെയ്യപ്പം കൊടുത്തു എന്തിനാ കൊടുക്കണമെന്ന് ചോദിച്ചു അത് ഒരു ശുഭകാര്യം സംഭവിച്ചു ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ഇപ്പൊ തരുന്നത് എന്താ അപകടം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാറ് വാങ്ങി ഇന്നലെ അത് കാണാ ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കിട്ടിയോ തിരിച്ചു കിട്ടില്ല മോഷണം പോയി അതിനാണപ്പോ നെയ്യപ്പം ഇപ്പൊ ഈ മോഷണം പോയതിന് ആരെങ്കിലും നെയ്യപ്പം കൊടുക്കുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കാറ് മാത്രമല്ലേ പോയുള്ളൂ കാറിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും പോയിട്ടുണ്ടാവും നമ്മൾ ചിരിക്കുന്നു അയാൾക്ക് കാറ് പോയി നമുക്ക് ആളെയാണ് പോയിരിക്കുന്നത് കാറുണ്ട് ശരീരമുണ്ട് ആളെ നഷ്ടമായിരിക്കണു ഉള്ളിലുള്ള ആള് നഷ്ടമായിരിക്കുന്നു പുറത്തുള്ള കാറൊക്കെ ഉണ്ട് ആള് പോയിട്ട് കാറുണ്ടായിരുന്നിട്ടുണ്ട് കാര്യം കാറ് പോയിട്ട് ആളുണ്ടെങ്കിൽ രക്ഷപ്പെട്ടാൻ വേണ്ടില്ല ഇപ്പൊ പാലക്കാട് ഒരു സപ്താ നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു അവര് ഒരുപാട് ഉയരത്ത് നിന്ന് കാറിന് ചോട്ടിലേക്ക് വീണു അത്ര വീണിട്ട് അപ്പൊ ചോദിച്ചു ഒരു പോറലേൽക്കാതെ വന്നു അപ്പൊ പറഞ്ഞു കാറ് പോയി തകടുകൂടിയായി കാറ് പോയാൽ പോട്ടെ നമ്മൾ രക്ഷപ്പെട്ടുവല്ലോ കാറ് പോയാലും നമ്മൾ രക്ഷപ്പെടണം നമ്മൾ പോയിട്ട് കാറ് രക്ഷപ്പെട്ടിട്ട് എന്ത് കറിയാം അപ്പോ നമ്മളെ നഷ്ടപ്പെടുത്ത ഇപ്പൊ സുഖബ്രഹ്മ മഹർഷിയെ കണ്ട സന്തോഷം ആനന്ദം ജ്ഞാന മഹാബ്ധി ചന്ദ്രമാഹ പൂർണ്ണചന്ദ്രൻ പോലെ ഇരിക്കണം എന്താ രഹസ്യം എന്ന് വെച്ചാൽ നിജലാഭതുഷ്ട തന്നെ തിരിച്ചു കിട്ടിയിരിക്കണം തന്നെ ലഭിച്ചിരിക്കണു തന്നെ നഷ്ടമായിട്ട് ബാക്കിയൊക്കെ കിട്ടിയിട്ട് കാര്യം അപ്പോ ഏറ്റവും വലിയ അപകടം ആപത്തെന്താന്ന് വെച്ചാൽ തന്നെ നഷ്ടപ്പെടുക തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് അറിയണില്ല താനല്ലാത്തതിനൊക്കെ താനാണെന്ന് ധരിച്ചും വെച്ചിരിക്കണം താനല്ലാത്തതിനെ താനാണെന്ന് ധരിച്ചത് കൊണ്ട് കുഴപ്പം എന്ന് വെച്ചാൽ അതിന് വരുന്ന വിഷമങ്ങളൊക്കെ എന്റെ വിഷമങ്ങളായിട്ട് ശരീരത്തിന് വ്യാധി വരണോ എനിക്ക് വ്യാധി ശരീരത്തിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ ഞാൻ സുന്ദരൻ എന്ന അഹങ്കാരം ശരീരത്തിന് സൗന്ദര്യവും പോയാൽ എനിക്ക് പോയി എന്ന് വിഷമം നമ്മളുടെ സകല വിഷമങ്ങൾ ഈ ഉപാധിയുടെ വിഷമങ്ങളാണ് അഹങ്കാരത്തിന് വിഷമങ്ങളാണ് അപ്പൊ ഇത് തന്നെ അപകടം അപ്പൊ ഭഗവത് സ്മൃതി ഏർപ്പെട്ടാൽ ഏർപ്പെടണമെങ്കിലോ ഇതൊന്നും ഞാനല്ല ഇതൊന്നും ഞാനല്ല എന്ന് എഫ് അറിയുന്ന വെച്ചാൽ ഇതിലൊക്കെ കുറെ ഉണ്ടാക്കി തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഞാനല്ല ഇതെന്ന് നമുക്ക് പിൻവലിഞ്ഞ് ഇതിൽ ഇതില്ലാതെ ഇരിക്കാം ശരീരത്തിന് അത് ഒന്നിനെയും ആശ്രയിക്കാത്ത സ്ഥിതി വരണം ആരോഗ്യത്തിനെ പോലും ആശ്രയിക്കാൻ പാടില്ല ചിലർ പറയും ആരോഗ്യമായിട്ടിരിക്കണം അത് നമ്മളുടെ കയ്യിലില്ല അതെങ്ങനെ ഇരിക്കണം അതിനെ അറിയുള്ളൂ അത് ഓരോന്നും ഈ സകല പരീക്ഷണങ്ങൾ അവസാനം പരിചയപ്പെടും പരാജയപ്പെടും യോഗം യോഗശാസ്ത്രത്തിൽ എത്രയോ ആളുകൾക്ക് പഠിപ്പിച്ച് രോഗം വരാതിരിക്കാനായി പഠിപ്പിച്ച യോഗികളെ എനിക്ക് പലരെ അറിയാം ഡയബറ്റീസും അതുവും ഇതുവും വിഷമങ്ങളായിട്ട് കഷ്ടപ്പെടുന്നു അർത്ഥം ഒരു സൂത്രപ്പണിയും ഇല്ലായെന്നർത്ഥം ഇത് പ്രാരബ്ധ സൂത്രഗ്രഥിതമായ സ്ഥൂലമായ ഒരു സ്വപ്നമാണ് അത് എന്തൊക്കെ കൊണ്ടുവന്നുണ്ടോ അനുഭവിച്ചേ പറ്റുള്ളൂ അത് ഒരു പാഠം നമ്മളെ പഠിപ്പിക്കും നനക്കും എനിക്കും ബന്ധമില്ല എന്നാണ് ഞാൻ എന്റെ സ്വതന്ത്രം നീ നിനക്ക് വേണമെങ്കിൽ ഞാനും നീയും വേറെയാണെന്ന് അറിഞ്ഞു രക്ഷപ്പെട്ടു കൊടുക്ക അവസാനമെങ്കിലും ആ പാഠം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ചുമട് വഹിക്കേണ്ടി വരും ചുമട് അതാണ് അപ്പൊ എന്തു കുറച്ചൊക്കെ വിഷമം വരുമ്പോ ഓ ഇതെന്ന് വിട്ടുമാറി ഭഗവത് സ്വരൂപത്തിൽ നിൽക്കാൻ പഠിക്കും ജീവൻ ഇതിൽ കുറെ വിഷമങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞ് പതുക്കെ പതുക്കെ ഇതിനോടുള്ള ഈ ഏർപ്പാടുകളൊക്കെ മതിയാക്കിയിട്ട് പതുക്കെ പതുക്കെ സ്വരൂപത്തിൽ നിൽക്കും അപ്പം നമ്മൾ മനസ്സിലാക്കും ഈ വിപത്തുകളൊക്കെ നമുക്ക് അനുഗ്രഹം ചെയ്തു ഏതേത് അശാശ്വതമോ അത് അശാശ്വതം മനസ്സിലാക്കാൻ ഈ വിപത്തുകളൊക്കെ നമുക്ക് തുണ ചെയ്തു എന്ന് മനസ്സിലാക്കും ചിലരൊക്കെ ചെറുപ്പകാലത്ത് തന്നെ നടക്കാൻ വയ്യ അവർക്കൊക്കെ ഈ ജ്ഞാനം ഉള്ളിൽ പോവുകയാണെങ്കിൽ വലിയ അനുഗ്രഹമാവും ഓ നമുക്ക് നേരത്തെ കുട്ടി മനസ്സിലാക്കാം ഈ ശരീരം നമുക്ക് തുണ ഈ ശരീരം ഞാനല്ല എന്ന് നേരത്തെ കുട്ടി മനസ്സിലാക്കാം ചിലർക്കൊക്കെ വയസ്സായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി ഇല്ലാത്ത സമയത്തായിരിക്കും ഗഡിവരുക അപ്പൊ രക്ഷപ്പെടാനും പറ്റില്ല ചിലർക്ക് ചെറുപ്പകാലത്ത് തന്നെ ജന്മനാ വ്യാധിഗ്രസ്തരായി ജനിച്ചവരാണെങ്കിൽ പോലും ഈ ജ്ഞാനം അവരെ രക്ഷിക്കും എന്നാണ് അപ്പൊ അവർക്കറിയാം എന്താ ഈ ശരീരം എങ്ങനെയുണ്ടാവുള്ളൂ എന്നോട് ഒരാൾ ഇപ്പൊ ഈയിടെയായിട്ട് പറഞ്ഞു ഒരു മഹാത്മ ഉത്തരകാശിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ശരീരത്തിന് ജന്മനാ വ്യാധി മനസ്സിന് പോലും ടെൻഷൻ സൈക്കിക് ചില പാനിക് ചില പ്രശ്നങ്ങളൊക്കെ ഡോക്ടർമാർ പറഞ്ഞു അത്രേ നിങ്ങൾക്ക് പരമ്പരയ കിട്ടിയതാണത് ഇത് വെച്ചുകൊണ്ടിരിക്കണം മഹാപണ്ഡിതനാണ് എല്ലാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി ഈ ശരീരവും മനസ്സും ഒന്നും ഞാനല്ല ഇതിങ്ങനെ ഇരിക്കും പ്രാരബ്ധമാണ് എൻ്റെ ഇത് ഞാനല്ല എന്ന് കരുതി ഇതിൽ നിന്നും പിന്തിരിഞ്ഞ് ഞാൻ എൻ്റെ യഥാർത്ഥ സ്ഥിതിയിൽ ഇരിക്കാൻ തുടങ്ങിയതോടുകൂടെ ഇത് അതിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ടാകും പക്ഷെ ഇതൊന്നും ഞാനല്ല എന്നെ അതൊന്നും ബാധിക്കണില്ല ഇതല്ലാതെ വേറെ വല്ല രക്ഷയുണ്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ജീവിതത്തിൽ അപ്പം മനസ്സിലാക്കും നമ്മൾ അവസാനത് മനസ്സിലാക്കേണ്ടി വരും ഉപാധിയെ ഒന്നും പെർഫെക്റ്റായിട്ട് വയ്ക്കാൻ പറ്റില്ല പക്ഷേ ഉപാധിക്ക് വിഷം വരുമ്പോൾ ദുഃഖം വരുമ്പോൾ ഭഗവത് സ്വരൂപത്തിലേക്ക് നമ്മൾ തിരിയും ശാശ്വതമായി നിത്യമായ വസ്തു പൂർണ്ണ വസ്തു ഒന്നേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മളുടെ ശരീരവും മനസ്സും ഒന്നും പൂർണ്ണമാവുക ഒന്നുമില്ല വിഷമങ്ങളൊന്നും തീർന്നിട്ട് ഭഗവത് ഭജനം സാധിക്കുകയില്ല വിഷമങ്ങൾ വരുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകും അതുകൊണ്ട് കുന്തി പറഞ്ഞു വിഷമം വരട്ടെ ഭഗവാനെ എത്ര വേണമെങ്കിലും വരട്ടെ ശരീരത്തിന് വരട്ടെ മനസ്സിന് വരട്ടെ കുടുംബത്തിൽ വരട്ടെ ധനസമ്പത്തുകൾ നഷ്ടം എന്തൊക്കെ തന്നെ ആയാലും വിപത സന്തൂ നഹാ ശശ്വത് ആരും പ്രാർത്ഥിക്കില്ല അങ്ങനെ ലോകത്തിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ശ്ലോകം പറയോ പറയും നോക്കട്ടെ ആപദാം അപഹർത്താരം ധാതാരം സർവസമ്പദാം എല്ലാരും പറയും ആപദ സന്തു എന്ന് ആരും പറയില്ല ആപദാം അപഹർത്താരം ധാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം അത് വേണമെങ്കിൽ ഞങ്ങൾ പറയാമോ ഇവിടെ കുന്തി ഒരു വിചിത്ര പ്രാർത്ഥന ചെയ്തു ഭഗവാനോട് ഭഗവാനെ എന്റെ എല്ലാം അവിടുന്ന് എടുത്തുകൊണ്ടുപോയാലും വേണ്ടില്ല എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു രഹസ്യം അറിയാം എല്ലാം എടുത്തുകൊണ്ടുപോയാൽ അങ്ങെ എനിക്ക് കിട്ടും എല്ലാം കൊണ്ടുപോയിട്ട് അങ്ങെ കിട്ടും നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗ ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യപദയേ നമ അവിടുന്ന് അകിഞ്ചനന്മാരുടെ വിത്തമാണോ യാതൊന്നുമില്ലാത്ത സന്യാസികളുണ്ട് അവർക്ക് എന്താണ് വിത്തം വെച്ചാൽ ഭഗവാൻ അവരുടെ വിത്തം യാതൊന്നും ആർക്കില്ലയോ അവർക്ക് ഭഗവാനുണ്ട് അല്പം സ്വല്പം കയ്യിലുണ്ടെങ്കിൽ ഭഗവാന് കിട്ടില്ല എന്നാണ് യാതൊന്നുമില്ല അകിഞ്ചനന്മാരാണോ ഭഗവാൻ അവരുടെ സ്വന്തമാണത്ര നമോ അകിഞ്ചന വിത്തായ അപ്പൊ പണമൊക്കെ കൊടുത്താൽ ഭഗവാനെ കിട്ടുവോ അങ്ങനെയല്ല ശരീരം പോലും ഉണ്ടാവാൻ പാടില്ല ശരീരം പോലും എന്റെ ആണെന്നുള്ള ഭാവമോ ഞാനേ എനിക്ക് സ്വന്തമല്ല എന്നുള്ള ഭാവം ഉണ്ടാവണം എന്ത് ഭഗവാന് അത്ര കണ്ട് ശരണാഗതി ചെയ്താൽ ഭഗവാൻ നമുക്ക് സ്വന്തം എന്നെ അങ്ങോട്ട് കൊടുത്ത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വാങ്ങിക്കാം കുപ്പിച്ചില്ല കൊടുത്ത് ചിന്താമണി വാങ്ങിക്കണം നമ്മൾ കുപ്പിച്ചിലും അപ്പോ ഭഗവാൻ ബിസിനസ് വലിയ പരിചയം പോരാ ഭക്തൻ പറഞ്ഞു ഭഗവാനെ അത് വ്യാപാരം പോരാ തന്നത് ഉന്തെ കൊണ്ടത് എന്തെ ഉനക്ക് വ്യാപാരമേല ബിസിനസ്സേ തരി മാട്ടേങ്ക ആനന്ദം കിടച്ചതോ എനിക്കാ കിടച്ചതോ തരി എന്നെ എടുത്തു പരിപൂർണമായി ശരണാഗതി ചെയ്യുന്നവർക്ക് ഭഗവാൻ അവരുടെ ധനം സമ്പത്തി ഇത്രയും പറഞ്ഞു കുന്തി പറഞ്ഞു ഹേ പ്രഭു എനിക്ക് ഈ ലോകത്തിലുള്ള ആസക്തിയൊക്കെ പോകണം പാണ്ഡുഷു വൃഷ്ണിഷു വയസ്സാവുമ്പോഴെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യണം എന്ന് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുമ്പോൾ ഈ ഇവരുടെയൊക്കെ ഓർമ്മ വരുമേ നമ്മൾ ആരോടൊക്കെ ആസക്തി വെച്ചുകൊണ്ടിരിക്കണോ അതൊക്കെ ഓർമ്മ വരുമത്രേ അതാണ് ശങ്കരാചാര്യസ്വാമി പറയണത് ഭഗവാനെ അങ്ങേ ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ ഓർക്കും അതുകൊണ്ട് ഇപ്പോഴേ പ്രാർത്ഥിച്ചു വെക്കുകയാണ് അപ്പൊ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം മരിക്കണ സമയത്ത് ദൈതാമമമമമമമമമമമമ ദുഃഹിതാമമമമമമമമമമമ ജനീ മമ ജനകോ മമ കൽപ്പിതം അതിസന്തതി മറുഭൂമിഷു നിരതം എന്റെ ഭാര്യ എൻ്റെ കുട്ടി എൻ്റെ സമ്പത്ത് ഒക്കെ മുമ്പിൽ വന്ന് നിൽക്കും അതുകൊണ്ട് അതിഭീഷണ കടുഭാഷണ യമകിങ്കരഭലി കൃതതാടന പരിപീടന മരണാഗമ സമയ ഉമയാസഹ മമചേതസി യമശാസന നിവസൻ ഹരശങ്കര ശിവശങ്കര ഹരമേഹരീതം മുമ്പിൽ വന്ന് നിക്കാം നമുക്ക് ആരോഗ്യമുള്ളപ്പോ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്നാണ് ഭഗവാനെ വാർദ്ധക്യ അവസ്ഥ ആവുമ്പോ പതുക്കെ പതുക്കെ ഇത്ര കാലമൊക്കെ കുടുംബമൊക്കെ നോക്കി കുട്ടികളൊക്കെ നോക്കി എല്ലാത്തിനും ഒരു അഴകുണ്ട് അതിൻ്റെതായ ഒരു അഴക് അതിന്റേതായ ഒരു ശോഭ അതിന്റേതായ ഒരു നന്മ ഭാര്യയെ നോക്കി കുട്ടികളെ നോക്കി കുടുംബത്തിനെ നോക്കി പേരക്കുട്ടി പക്ഷെ പതുക്കെ ഒരു വയസ്സ് കഴിഞ്ഞു എന്ന് തോന്നുമ്പോ പതുക്കെ പതുക്കെ വേറൊ പതുക്കെ മനസ്സിനെ പിരിച്ചോളും വിരക്തോ രക്തപത്തേ നൃിലോക്കെ നരതാം ഞസ ചെയ്ത് ഭാഗവതത്തിലെ ഒരു കിളിപ്പുള്ള പറഞ്ഞു കൊടുക്കണ പറഞ്ഞു കൊടുക്ക വിരക്ക് തനായിട്ടിരിക്കുക ആസക്തനെ പോലെ എൻ്റെ പേരെക്കുട്ടി എൻ്റെ ഒക്കെ പറഞ്ഞുകൊള്ള പക്ഷെ ഉള്ളിൽ അറിഞ്ഞുകൊള്ളാ ഇതൊന്നും ചിന്തിക്കാൻ പാടില്ലാന്ന് നീ സങ്കല്പിക്കരുത് അത്യധികം അപകടമാണ് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളാ നമുക്ക് പാശമുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേവലാതിപ്പെടും ധ്യാനത്തിന് എന്താണ് തടസ്സം എന്ന് വെച്ചാൽ നമുക്ക് ആരോട് എന്തിനോട് പാശമുണ്ടോ മനസ്സ് അതിനെക്കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെട്ടുണ്ട് സങ്കല്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ സങ്കല്പം ഇല്ലാതിരിക്കണമെങ്കിലോ പാശം ദഹതി പണ്ഡിത ഉള്ളിന്ന് പാശത്തിനെ പതുക്കെ പതുക്കെ പതുക്കെ ദഹിപ്പിച്ച് നീക്കിയാൽ മനസ്സ് ഉപശാന്തമാകും ഉപശമമാകും ശാന്തിയാവും ആ ശാന്തി വാർദ്ധക്യദശയിൽ കൊണ്ടുവരണമെന്ന് കാണിക്കാനാണ് കുന്തി അല്ലാതെ ഹിസ്റ്ററി അല്ല ഭാഗവതം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് ഭാഗവതം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് കുന്തി എന്ന് വെച്ചാൽ നമ്മളൊക്കെയാണ് എല്ലാവർക്കും വരാൻ പോകുന്ന ഒരു അവസ്ഥയാണല്ലോ വാർദ്ധക്യം ബുദ്ധൻ ചോദിച്ചു ഈ വൃദ്ധനെ കണ്ടിട്ട് ചോദിച്ചു ഇതെല്ലാവർക്കും വരുമോ എല്ലാവർക്കും വരും അത് പിന്നെ അത് അടുത്തത് വരുന്നു ഇത് വരുമോ ഇതും എല്ലാവർക്കും വരും മരണം എല്ലാവർക്കും വരും ഒരു പക്ഷെ ഇതിനു മുമ്പുള്ള വാർദ്ധക്യം വന്നിട്ടില്ലെങ്കിൽ അതിനു മുമ്പ് ഇത് വരും നന്നുണ്ടാവണം അല്ലെങ്കിൽ വാർദ്ധക്യം വരുമല്ലോ അപ്പോ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ ഓർമ്മിപ്പിക്കണോ സത്സംഗത്തിൽ വന്നിട്ട് മറക്കാൻ വന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ടെ വാർദ്ധക്യം മൃത്യു ഭയപ്പെടുത്തി ഭഗവാൻ നടത്തി സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വിഷ്ണുഷു അതുമാത്രം പോരാ പിന്നെ എന്ത് വേണം ത്വയമേ അനന്യവിഷയാ മതിഹീ മധുപത്തെ അസകൃത്രിം ഉദ്വഹദാ ദദ്ധ ഗംഗേ ബോകം സമുദ്രത്തിലേക്ക് പ്രവഹിക്കുന്ന പോലെ ഭഗവാനോട് അത്യധികം പ്രിയം വേണം ഗുരുവായൂരപ്പനെ മറക്കാതിരിക്കണം ഗുരുവായൂരപ്പനെ സദാഭാവത്തോടുകൂടെ സ്മരിച്ചുകൊണ്ടിരിക്കണം ആ ഭക്തിയുടെ രസം ഹൃദയത്തിൽ ഉണ്ടാവണം ഭക്തി ഉണ്ടെങ്കിൽ വിരക്തി ഭഗവത് പ്രബോധം ഒക്കെ കൂടെ വരും അപ്പൊ ഭക്തി രതി രതി ഉണ്ടാവണം എന്നാണ് ഭഗവാനോട് രതി ഉണ്ടാവണം ഭഗവാനോട് അത്യധികം ഉത്കടമായ ഒരു പ്രിയം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് നാമസങ്കീർത്തനം ചെയ്ത് നമസ്കരിച്ചു കുന്തി ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ടിഷഭ അവനിദ്രുഗ്രാജന്യവംശദന അനപവർഗവീ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവത യോ नमस्ते ഭഗവന്നമസ്തേ എല്ലാമ ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ടിഷ അവനിതൃഗ്രാജന്യവംശദന അനപവർഗവീര ഗോവിന്ദ ഗോദ്വിജസുരാർദിഹരാവോശ്വരാ അഖിലഗുരോ ഭഗവന്നമസ്തേ ഇങ്ങനെ കുത്തി സ്തുതിച്ച് ഹൃദയം കളപതൈ പരിണൂതോതയ മന്ദം ജൈകുണ്ഠോ മോഹയൻ നിവ മായ മന്ദസം ചെയ്തോത്രേ ഭഗവാൻ അടുത്തത് ഭീഷ്മസ്തുതിയാണ് ഭഗവാൻ ധർമ്മോപദേശം ചെയ്യാനായിട്ട് ധർമ്മപുത്രരെ ഭീഷ്മരുടെ അടുത്തേക്ക് കുട്ടിക്കൊണ്ടുപോവാണ് ധർമ്മപുത്രർക്ക് സമാധാനമില്ല മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഈ യുദ്ധത്തിനൊക്കെ കാരണക്കാരൻ താനാണെന്ന് ഒരു തോന്നൽ ദുഃഖം എവിടെ ഉണ്ടെങ്കിലും അഹങ്കാരം തന്നെ കാരണം നല്ല ആളുകൾക്കും ദുഃഖം വരും ചീത്ത ആളുകൾക്കും ദുഃഖം വരും പുണ്യം ചെയ്യുന്ന ആളുകൾക്കും ദുഃഖം വരും പാപം ചെയ്യുന്നവർക്കും ദുഃഖം വരും എന്താന്ന് വെച്ചാൽ പുണ്യവും പാപവും രണ്ട് നമ്മളെ ബന്ധിക്കുന്ന ചങ്ങലയാണ് പുണ്യവും നമ്മളെ കട്ടിപ്പെടും പാപവും നമ്മളെ കട്ടിപ്പെടും അറംപാവം എന്നും അരു കയറ്റാൽ കട്ടി പുറന്തോൽ പോർത്ത് എങ്കും പുഴു അഴുക്ക് മൂടി മലം ഷോറും ഒമ്പത് വായു കുടിലു മലങ്കപ്പുലൻ ഐതും വഞ്ചനയെ ചെയ്യ വിളങ്ങുമനത്താൽ വിമലാ ഉനക്ക് കലണ്ട അൻപകി കശി ഉൾകളില്ലാതേക്കു നൽകി അല അരംപാവം എന്നും അറും കയ്യാൽ കട്ടി one പാപം രണ്ട് കയർ ഒന്ന് വന്ന് തങ്ക ഒന്ന് വന്ന് ആർഡിനറി കയറു ആർഡിനറി കയറ തൂക്കി പോട്ടു തങ്ക കയറ പോ അത് കൊഞ്ചൂടെ ബലമാ വരെ അരം പാവം എന്നും അരു കയറ്റാൽ കട്ടി പുറം തോൽ പോർത്ത് ഒരു പദപ്പാലം മൂടിയൊരു തോൽ ോൽ സ്കിൻ പോട്ട് മൂടി പുഴു അഴുക്ക് മൂടി മലം ചോറും ഒമ്പത് വായു കുടിൽ ഒമ്പത് ദ്വാരമുള്ള കുടിലത്തെ അതിലൊക്കെ ഒമ്പത് ദ്വാരത്തിലൂടെയും മലം പുറത്തേക്ക് വരണമെന്നാണ് മലം ചോറും ഒമ്പത് വായു കുടിലൈ മലങ്ക പുലൻ ഐന്തും വഞ്ചനയെ ചെയ്യ അഞ്ചു ഇന്ദ്രിയങ്ങളും വഞ്ചിക്കുകയാണെന്ന് അപ്പോ പുണ്യം പാപം ഇത് രണ്ടും ബന്ധിക്കുകയാണ് രണ്ടും ബന്ധനക്കാരുണ്ട് ഇപ്പൊ ധർമ്മപുത്രർക്ക് ഇപ്പൊ ദുഃഖം വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒരു പുണ്യാഹങ്കാൽ ഒരു സാത്വികാഹങ്കാരം വന്നു അതെങ്ങനെ പറയുമെന്ന് വെച്ചാൽ അയ്യോ എന്നെ കാരണം സംഭവിച്ചു നമ്മൾ ആരും ലോകത്തിൽ ഒന്നിനും കാരണക്കാരല്ല വിവേകാനന്ദ സ്വാമികളൊരു ഉദാഹരണം പറയും ഒരു പോത്തിന്റെ കൊമ്പിൽ ഒരു ഈച്ച വന്നിരുന്നു അത്രേ ദാറ്റ് ഫ്ലൈ ഹാഡിറ്റ്സ് കോൺഷ്യൻസ് പ്രിക് ഈച്ചയ്ക്ക് ഇത്തിരി മനസാക്ഷി കുത്തുണ്ടായിരുന്നാണ് ഈച്ച പറഞ്ഞു അത്ര പോത്തിന്റെ അടുത്ത് അയ്യോ ഞാൻ എന്റെ കൊമ്പിൽ വളരെ നേരമായി ഇരിക്കണെന്ന് എനിക്ക് വേദനിക്കും ഞാനിപ്പോ പോയേക്കാം അപ്പൊ പോത്ത് പറഞ്ഞ അത്ര നീയിപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് നീ ഇരുന്നു എന്നുള്ള കാര്യം എന്റെ കുടുംബത്തോടെ കൂട്ടിക്കൊണ്ടുവന്നാലും എനിക്കറിയില്ല ഇതാണ് ഇത് സാത്വികാഹങ്കാരം എന്ന് പറയും കാരണം സംഭവിച്ചു ഞാൻ വിഷമിപ്പിക്കണം ചിലർ അങ്ങനെ പറഞ്ഞു വിഷമിപ്പിച്ചു ഇപ്പൊ ധർമ്മപുത്രർക്ക് ഇതാണ് ഇപ്പൊ വിഷമം എന്നെ കാരണം യുദ്ധം സംഭവിച്ചു എന്നെ കാരണം ഇത്രയും പേര് മരിച്ചു വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്തു ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തു അവിടുന്ന് ഒന്നും ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം ഒരു ഭഗവാൻ ആ ഭഗവാൻ തന്നെ ജനങ്ങളെ വെച്ച് ജനങ്ങളെ ജനിപ്പിക്കുന്നു വേറെ ആരൊക്കോ വെച്ച് മരിപ്പിക്കും സയേവ ഭഗവാൻ കാല ആ കാലസ്വരൂപിയായ ഭഗവാൻ തന്നെ പല രീതിയിൽ പ്രവർത്തിക്കുന്നു അതിന്റെ ഒരു രൂപമാണ് ഈ യുദ്ധവും മരണവും ഒക്കെ അതുകൊണ്ട് ദുഃഖിക്കരുത് കർത്തൃത്വം എല്ലാ ദുഃഖത്തിനും കാരണം ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് ഞാനാണ് ചെയ്യണത് അത് ഉപേക്ഷിക്കും പക്ഷെ ധർമ്മപുത്ര സാധിച്ചില്ല സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ചിലരൊക്കെ എന്ത് പറയുന്ന വെച്ചാൽ ഓ സ്വാമി അതൊക്കെ നമുക്ക് സാധിക്കും ഞങ്ങളൊക്കെ സാധാരണ ആളുകളെ എന്നാ ദുഃഖിക്കുക എന്ന് വൃത്തിയുള്ളൂ അല്ലാതെ വേറെ മരുന്നൊന്നുമില്ല ഞങ്ങൾ സാധാരണ ആളുകൾ എന്ന് വെച്ചാൽ സാധാരണ ആളുകളെ പോലെ ദുഃഖിക്കണം ദുഃഖിക്കുക ദുഃഖം പോണോ ഇതൊറ്റ മരുന്നേ ഉള്ളൂ ഈ കർത്തൃത്വം പോകണം കർത്തൃത്വം എങ്ങനെ പോവും ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു ഒന്നിൽ സ്വയം മനസ്സിലാക്കണം വേറെ ആരെങ്കിലും പറഞ്ഞു തരണം സ്വകാത്ത് പരതോ ജാത നിർവേദ ആത്മാവാൻ ഇപ്പോ ധർമ്മപുത്രർക്ക് കൃഷ്ണനും വ്യാസനും ഒന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലാവാത്തത് എന്തേ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് നമുക്ക് ചില ഭാവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ആളുകൾക്ക് ഒരേ കാര്യം രണ്ടു വിധത്തിലുള്ള ചില ആളുകൾ പറഞ്ഞാലേ മനസ്സിലാവു അങ്ങനെയൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് തമിഴില് പറഞ്ഞാലേ ഞങ്ങൾ മനസ്സിലാക്കുള്ളൂ എന്ന് പറയും ചിലത് മലയാളി മലയാളം അറിഞ്ഞാൽ പോലും ചിലർ പറയും ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലാക്കുകയുള്ളൂ അത് ഞങ്ങൾക്ക് തൃശൂർ മലയാളത്തിൽ പറയണം തമാശല്ല ഇങ്ങനെയൊക്കെ ഉണ്ട് ആളുകൾക്ക് കോൺസെപ്റ്റ് തിരുവനന്തപുരത്തുള്ള ഭാഷയിൽ പറയണം എന്നൊക്കെ പറഞ്ഞു അപ്പോ ഭഗവാൻ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഭഗവാൻ ശരിയാക്കി തരും നമുക്ക് സത്യം വേണമെന്നുണ്ടോ നമ്മളുടെ ഭാഷയിൽ വന്ന് പറയണ ഒരാളെ നമുക്ക് കിട്ടും നമുക്ക് എന്നെ ആശയം ഇരിക്കോ അമ്പിട്ട് ആശയും പൂർത്തിയാകും തിരുവനന്തപുരം ഭാഷ എല്ലാ ആശയും ഭഗവാൻ പൂർത്തി ചെയ്തു തരുന്ന അർത്ഥം ഏത് ഭാവത്തിൽ വേണോ ഭഗവാൻ നമുക്ക് പറഞ്ഞുതരും ഇപ്പോ ധർമ്മപുത്രർക്ക് തൃപ്തിയായി ഉപദേശിക്കാനുള്ള ഒരാളുണ്ട് ഭീഷ്മ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ധർമ്മപുത്രരെ ഭീഷ്മരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭീഷ്മർ ഉപദേശിക്കട്ടെ എന്നാണ് അവിടെ ധർമ്മപുത്രർ പഞ്ചപാണ്ഡവന്മാരും ചെന്നു ഭഗവാൻ ചെന്നു അവിടെ ചെല്ലുമ്പോ തത്ര ബ്രഹ്മർഷയസ്വേ ദേവർഷയശ്ച സമാ രാജർഷയശ്ച തത്രാസന് ദ്രഷ്ടും ഭരതപുങ്കവം ആ ഭരതശ്രേഷ്ഠനെ ഭരതവംശത്തിൽ ജനിച്ച ആ ശ്രേഷ്ഠനെ കാണാനായിട്ട് ബ്രഹ്മ ഋഷികളും ദേവ അവിടെ വന്നു കൂടിയിരിക്കും ഭീഷ്മർ ദൂരത്തു നിന്നും ഭഗവാൻ വരുന്നത് കണ്ടു ഇപ്പൊ എഴുന്നേറ്റ് ആരാധിക്കാൻ വയ്യ ഭഗവാന് പാദപ്രക്ഷാളനം ചെയ്യാൻ ജലം കൊടുക്കാൻ പോലും പറ്റില്ല ഇപ്പൊ എന്തിയും പൂജിക്കാൻ വയ്യ കൃഷ്ണം ജഗത്പ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം ഹൃദയസ്ഥം പൂജയാമാസ മായയാ ഉപാത്ത വിഗ്രഹം ഹൃദിസ്ഥം കൃഷ്ണം പൂജയാമാസ ഇപ്പൊ പുറമേക്കുള്ള കൃഷ്ണനെ പൂജിക്കാൻ വയ്യെങ്കിലോ ഹൃദയത്തിലുള്ള കൃഷ്ണനെ പൂജിക്കാം പുറമേക്ക് നമ്മൾ പൂജ ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഹൃദയത്തിലുള്ള ഭഗവാനെ കാണും പുറമേക്കുള്ള പൂജയൊന്നും ശാശ്വതമല്ല ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് പോകും ഇപ്പൊ ഭീഷ്മരെ പോലെ കിടപ്പായ എങ്ങനെ പൂജ ചെയ്യും അതുകൊണ്ടാണ് സാധാരണ തന്നെ നമ്മൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മാനസിക പൂജ എല്ലാ പൂജയുടെയും അവസാനത്ത് ഈ പൂജ കഴിഞ്ഞിട്ട് മാനസിക പൂജയും കുറച്ച് കുറച്ച് ചെയ്യാം ദിവസം അപ്പൊ എന്താവെന്ന് വെച്ചാൽ ബാഹ്യപൂജ വിട്ടുപോയാൽ ഈ മാനസപൂജ ഉണ്ടാവും മാനസപൂജ ചെയ്യാം ഇപ്പൊ ഭീഷ്മർ ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു ബാഹ്യപൂജയും ചെയ്യാൻ വയ്യ കൈ അനക്കാൻ വയ്യ കാലക്കാൻ വയ്യ ഹൃദിസ്ഥം പൂജയാ മാസമായയാ ഉപാത്ത വിഗ്രഹം ഹൃദയത്തിലേക്ക് ഭഗവാനെ ആവാഹനം ചെയ്ത് പൂജിച്ചു എന്നിട്ട് പറഞ്ഞു എന്തൊരു കഷ്ടം കാലത്തിന്റെ കൂത്ത് ധർമ്മപുത്ര രാജാവ് സഹായിക്കാൻ ഗാന്ഡീവധാരിയായ അർജുനൻ ബലിഷ്ഠനായ ഭീമസേനൻ നകുലനും സഹദേവനും ഉപദേശിക്കാൻ പോരാ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ കൂട്ട് എന്നിട്ടും ഇവർക്ക് ശോകം ഒഴിഞ്ഞൊരു കാലമില്ലെന്ന് അയാൾക്കും ദുഃഖം വരത്തി അപ്പോഴെല്ലാം നമുക്കെല്ലാം ദുഃഖം വരത്തിട്ട് ചൊല്ലവേപ്പെടാതെ എല്ലാ സാമഗ്രികളും ഇരുന്നാലും ദുഃഖം വരും ഏൻ ദുഃഖം വെളിയിലെന്ത് വരല്ലേ ഉള്ളേന്ത് വരത് എല്ലാ സുഖസാമഗ്രികളും ഇരുന്നാലും ദുഃഖം വരും എല്ലാം ഉണ്ടായിട്ടും കാലോഹി ദുരതിക്രമാധർമ്മപുത്രരെ അടുത്തു വിളിച്ചു പറഞ്ഞു ഹേ യുധിഷ്ഠിര ആരാണോ നിങ്ങളുടെ അമ്മാവന്റെ പുത്രനായി കരുതിയിരിക്കുന്നത് നിങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ട് കരുതിയിരിക്കുന്നത് കൂട്ടുകാരനായി കരുതിയിരിക്കുന്നത് ആരെ ിയം കൊണ്ട് നിങ്ങൾ സജിവനായിട്ട് അപ്പൊപ്പ മന്ത്രിയായിട്ട് ഉപയോഗിക്കുന്നു ആരെ നിങ്ങൾ അസത്സഭയിലേക്ക് കൗരവസഭയിലേക്ക് ദൂതനായിട്ട് പറഞ്ഞയച്ചോ പോരാ ആരെയാണോ സാരഥിയാക്കി തേരോട്ടിയാക്കി ചെയ്തത് യേശൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശരതി വൃഷ്ണുഷു വൃഷ്ണിവംശത്തിൽ ഗൂഢമായി വേഷം കെട്ടി നടക്കുന്നു സാക്ഷാത് പരമപുരുഷൻ തന്നെ ഈ രൂപത്തിൽ നടക്കുന്നു സർവാത്മാവായ ഭഗവാൻ നിങ്ങൾ എന്തെന്ത് ജോലി കൊടുത്തു അതൊക്കെ ചെയ്തിട്ടുണ്ട് ദൂതനായിട്ട് നിന്നു സാരഥിയായിട്ടും നിന്നു പ്രിയ സുഹൃത്തായിട്ടും നിന്നു എല്ലാറ്റിനുമേലെ ഭഗവാന്റെ ആ അനുകമ്പ അനുകമ്പയ്ക്ക് കാത്തുകൊണ്ട് കിടക്കണം എന്നാണ് ഭക്തന്റെ ലക്ഷ്യം സത്തെ അനുകമ്പാം സുസമിക്ഷമാണ് ഭുഞ്ചാനയേവ ആത്മകൃതം വിപാകം എന്ന് ദശമസ്കന്ധത്തിൽ പറ ഭഗവാന്റെ അനുകമ്പയെ കാത്തുകൊണ്ട് എനിക്ക് പ്രാരബ്ധമനുസരിച്ച് വീണ് കിട്ടിയിരിക്കുന്നതിനെ അനുഭവിച്ചുകൊണ്ട് ഞാനങ്ങനെ കിടക്കാം എപ്പോഴാണോ അനുകമ്പ വരുന്നത് അതുവരെ അങ്ങനെ കിടക്കാം ഇവിടെ ഭീഷ്മർ പറയുന്നു ആ അനുകമ്പ എന്താണ് അനുകമ്പ എന്താണെന്ന് വെച്ചാൽ മരണ ഇതാ മുമ്പിൽ വന്ന് നിൽക്കണമല്ലോ തഥാപി ഏകാന്തക്തു പശ്യഭൂപ അനുകമ്പിതം ഞാൻ ഏകാന്ത ഭക്തൻ എന്നുള്ളതിന് ഇപ്പൊ തെളിവ് എന്താ ഇപ്പൊ ഇത് ആ മരണ സമയത്ത് വന്ന് നിൽക്കണോ എൻമേ അസൂൺ സ്ഥിര സാക്ഷാത് കൃഷ്ണോ ദർശനമാകത ഞാൻ പുരാണനെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് കൃഷ്ണോ ദർശനമാകത കൃഷ്ണൻ ദർശനം തരാനായിട്ട് വന്ന് നിൽക്കണമല്ലോ സാക്ഷാത് കൃഷ്ണോ ദർശനമാകത്ത ഭക്തിയുടെ പരമകാഷ്ട ഭഗവാൻ അന്തേ നാരായണ സ്മൃതി രാമകൃഷ്ണദേവൻ രാമകൃഷ്ണ പരമഹംസർ തന്റെ പല ഭക്തന്മാരോടും കരഞ്ഞു പ്രാർത്ഥിച്ച ചില ഭക്തന്മാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിന്റെ മരണസമയത്ത് ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും നിനക്ക് സമാധി മരണസമയത്ത് നിനക്ക് സമാധി അനുഭവം ഉണ്ടാവും സമാധിയിൽ നീ ശരീരം ഉപേക്ഷിക്കും എന്നൊക്കെ ചിലർക്കൊക്കെ രാമകൃഷ്ണദേവൻ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു ആശീർവാദം ഭീഷ്മരും എവിടെയോ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇത് ആ ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാൻ മുമ്പിൽ വന്നിട്ടു പുറത്ത് നിന്നാ പോരാനാണ് ഭക്ത ഭക്ത്യാവേശ്യമനൂയസ്മിന് മരിക്കുമ്പോ എങ്ങനെ മരിക്കണം ജീവിക്കാൻ മാത്രം പഠിപ്പിക്കല്ല ഭാഗവതം മരിക്കാനും കൂടെ പഠിപ്പിക്കാനെന്ന് ഭഗവത്ഗീതയിൽ എട്ടാമത്തെ അധ്യായം മരണം എങ്ങനെ മരിക്കണം എന്നാണ് തയ്യാറെടുപ്പ് മരിക്കുമ്പോ ഭക്തിയാ ആവേശമനഹ ഭക്തി കൊണ്ട് ഭഗവാനിൽ മനസ്സ് ആവേശിച്ച് വാചാ എൻ നാമ കീർത്ത എൻ വാക്കുകൊണ്ട് നാമത്തിനെ കീർത്തിച്ചുകൊണ്ട് ത്യജൻ ഈ ശരീരത്തിന് ഉപേക്ഷിക്കുകയാണെങ്കിൽ മുച്ചിയതേ കാമകർമ്മിഹീൻ കാമകർമ്മവാസനങ്ങളിൽ നിന്നൊക്കെ ഈ ജീവൻ വിമുക്തമാകും കർപ്പൂരം കത്തിപ്പോകുന്ന പോലെ പോകും അങ്ങനെ സാധിക്കുമോ എന്ന് വെച്ചാൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു സാധിക്കും എങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ അനുസ്യൂതം എന്നെ ഭജിക്കുകയാണെങ്കിൽ അവസാനത്ത് പറ്റും അനുസ്യൂതം തസ്യഹം സുലഭപാർത്ഥ നിത്യയുക്ത യോഗിനത്യനിരന്തരം സതത സ്മരണ ആര് ചെയ്യുന്നുവോ അവന് മരണസമയത്ത് എന്റെ സ്മരണം വരും അപ്പൊ അനുസ്യൂത സ്മരണ ചെയ്തതുകൊണ്ട് ഭീഷ്മർക്ക് ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കണു ഭഗവാനെ പുറത്ത് നിന്നാ പോരാ എന്റെ ഉള്ളിലേക്ക് വരാന്ന് അങ്ങനെ ഒരു ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടോ നമുക്ക് അല്ലേ ഇവിടുന്ന് മെനക്കിട്ട് ഗുരുവായൂരൂപ്പന്റെ മുമ്പിൽ പോകും അവിടെ പോയാൽ വേറെ എന്തെങ്കിലും സ്മരിച്ച് കണ്ണടയ്ക്കും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വരും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടും കണ്ണുകൊണ്ട് കാണില്ല കണ്ണടച്ചാലോ ഉള്ളിൽ വേറെ എന്തോ വരിക രണ്ട് കമ്പാർട്ട്മെന്റ് ആയി നമ്മളുടെ അനുഭവ മണ്ഡലം ഒന്ന് പുറമേക്ക് ഭഗവാന്റെ രൂപം നിന്നാൽ പോലും അകമയ്ക്ക് വേറെ എന്തോ സങ്കല്പം ആഗ്രഹം നമ്മൾ എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുമ്പോ നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരല്ല നമ്മളുടെ ആഗ്രഹത്തിന്റെ ഭക്തന്മാരാണ് അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ കാമകാമി എന്ന് പറയണത് ആഗ്രഹത്തിന്റെ ഭക്തൻ എന്നാണ് ഭഗവാന്റെ ഭക്തൻ ആഗ്രഹത്തിന്റെ ഭക്തനാണ് അതിന് ഭഗവാൻ ഒരു പോസ്റ്റ്മാൻ അത്രയേ ഉള്ളൂ നടുവിലൊരാള് ഭഗവാനോട് നിഷ്കാമമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ പുറത്ത് നിൽക്കില്ല അത്ര ധ്യാനപഥത്തിൽ നിൽക്കും എന്നാണ് അകമയ്ക്ക് ഭീഷ്മർ പറയാണ് ഭഗവാനെ എന്റെ മുമ്പിൽ നിന്നാ പോരാ എന്റെ ധ്യാനപഥത്തിൽ വന്ന് നിൽക്കൂ സദേവദേവോ ഭഗവാൻ പ്രതിക്ഷതാം കളേവറം യാവതിദം ഹിനോമ്യഹം പ്രസന്നഹാസാരുണലോചനോ ല സന്മുഖാംഭുജോ നമുക്ക് ഭഗവാനെ ചതുർഭുജ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേഷ മനുഷം ഹതിഭാവയാമെ ഭീഷ്മർ പറയുന്നു ചതുർഭുജനായി എന്റെ ധ്യാനപഥത്തിൽ വന്ന് നിൽക്കാം എന്റെ ധ്യാനപഥത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ഞാൻ ശരീരം ഉപേക്ഷിക്കട്ടെ ധ്യാനപഥത്തിൽ ഭഗവാന്റെ ചതുർഭുജമൂർത്തിയെ കണ്ടുകൊണ്ട് ഞാൻ ശരീരം ഉപേക്ഷിക്കാം നമ്മൾ ജീവിതം മുഴുവൻ ധ്യാനിക്കണം അവസാനം വിട്ടു പോയാലോ അക്ഷരവണമാല ഒരു പാട്ട് വിട്ടിടിക്കഷ്ടമ വിട്ടിടാ വിട്ടിട അരുൾപുരി അരുണാചലും നമ്മ വിട്ടുവിട്ടേ കഷ്ടമ എന്ന കഷ്ടം തൊപ്പം പറക്ക വേണ്ടി ഒരു ക്ഷണനേരം കൂടെ വിടാമ ഉയർ വിട്ടിട അരുൾപുരി അരുണാചലാ ഉയരവിടണം ഉയരവിട ഒന്നെ വിടാമിടണം അപ്പ ധ്യാന പദത്തിൽ ഇന്ന് ശരീരത്തെ ഉപേക്ഷിക്കും ധ്യാനപഥത്തിലെ ആര് ശരീരത്തിൽ ഉപേക്ഷിക്കാടോ അയാൾക്ക് അതുകൊണ്ട് ശരീരമേ വേണ്ട എം എം ബാബി സ്മരൻഭാവം തെജത്തി അന്തേകളേവരം തം തമേവ സദാ തദ് അതുകൊണ്ട് സദാ തദ്ഭാവഭാവിതനായിട്ടിരിക്കണം എന്ന് ബ്രഹ്മത്തിനെ വിട്ട് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിക്കരുത് സദാ ബ്രഹ്മാനുഭവത്തിൽ ഇരിക്കുന്ന യോഗിക്ക് ശരീരം വീണുപോകുന്നത് പോലും അറിയില്ല മരണം എന്നൊരു സംഭവമേ ഇല്ല അയാളുടെ ജീവിതത്തില് അപ്പോ ഭീഷ്മർ പറയാ ഭഗവാനെ എന്റെ ധ്യാനപഥത്തിൽ വന്ന് നിൽക്കൂ ഭീഷ്മരോട് ധർമ്മപുത്രർ പല ചോദ്യങ്ങളും ചോദിച്ചു കൂട്ടത്തിലാണ് വിഷ്ണു സഹസ്രനാമ കോധർമ്മ സർവധർമാണാം ഭവത പരമോമത കിം ജപന്മുച്ചതേ ജന്തു ജന്മസംസാര ബന്ധനാഥ ഇതൊക്കെ കഴിഞ്ഞ് ഉത്തരായണം വന്നു എന്തിനാ ഭീഷ്മർ ഉത്തരായണത്തിന് കാത്തുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ഉത്തരായണം ദക്ഷിണായണം രണ്ടു മാർഗം പറഞ്ഞിട്ടുണ്ട് ശുക്ല കൃഷ്ണേ ഗതീഹ്യേതേ ജഗതശാശ്വതേ മതേ ഏകയാത്യ അനാവൃത്യം അന്യയാവർത്തതേ പുനഃ ഇത് രണ്ടു ഊർധ്വഗതിയാണ് അല്ലാതെ ഉത്തരായണത്തിൽ മരിച്ചാൽ ആളുകൾ മുക്തരാകും ദക്ഷിണായണത്തിൽ മരിച്ചാൽ തിരിച്ച് ജനിക്കേണ്ടി എന്ന എല്ലാവർക്കുമുള്ള കഥയല്ലാതെ യോഗികളുടെ കഥയാണ് അല്ലെങ്കിൽ ഇപ്പൊ എത്ര ആളുകൾ ഉത്തരായണത്തിൽ മരിച്ചുപോണു അവരൊക്കെ മുക്തന്മാരാവുമോ എത്ര ആളുകൾ ഉത്തരായണത്തിൽ മരിച്ചുപോണത് ഉത്തരായണത്തിൽ മരിക്കണത് കൊണ്ട് മുക്തിയൊന്നും ഉണ്ടാവില്ല ദക്ഷിണായണത്തിൽ മരിക്കണത് കൊണ്ട് ബന്ധവും ഉണ്ടാവില്ല ഇത് രണ്ടും ഉത്തരായണ ദക്ഷിണായന മാർഗം യോഗികൾക്കാണ് ഈ വൈശിഷ്ട്യം യോഗികൾ ഉത്തരായണത്തിൽ മരിക്കണമോ ദക്ഷിണായണത്തിൽ മരിക്കണമോ ഉത്തരായണത്തിൽ മരിക്കുന്ന യോഗികൾ സൂര്യമണ്ഡലത്തിലേക്ക് ചെന്ന് അവിടുന്ന് ക്രമേണ ജ്ഞാനം നേടി പോവുകയും ദക്ഷിണായണത്തിൽ മരിക്കുന്ന യോഗികൾ പിതൃലോകത്തിൽ ചെന്ന് തിരിച്ചു വരികയും ചെയ്യുന്നു സാധാരണ നമ്മുടെ സാധാരണ ആളുകളുടെ കൂട്ടല്ല എന്താണ് അപ്പോ അതിലും ജ്ഞാനികളായിട്ടുള്ളവർക്ക് ഉത്തരായണമോ ദക്ഷിണായനമോ ഒന്നും പ്രശ്നമല്ല ഇത് രണ്ടും ഊർധ്വലോകമാണ് ജ്ഞാനികളൊന്നും ഒരു ലോകത്തിലേക്കും പോവില്ല അവരിവിടെ തന്നെ അടങ്ങിപ്പോകും അപ്പൊ ഭീഷ്മരോ ജ്ഞാനിയാണ് പിന്നെ എന്തിനു ഉത്തരായണത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കണം ഉത്തരായണമൊക്കൊരു വ്യാജം കൃഷ്ണൻ വരണം അത്രയേ ഉള്ളൂ കൃഷ്ണൻ മുമ്പിൽ വന്ന് നിൽക്കണം ഉത്തരായണമൊരു വ്യാജം ഇനി മറ്റൊരു കാരണമുണ്ട് ഉത്തരായണത്തിൽ മരിക്കുക ഉത്തരായണ സമയത്താണ് ദേവലോകത്തിലെ വാതിൽ തുറക്കുക ദക്ഷിണായനം അവിടെ രാത്രിയാണ് നമ്മളുടെ ഈ ആറുമാസം എന്ന് പറയുന്നത് അവർക്ക് രാത്രിയും നമ്മളുടെ ആറുമാസം അവരുടെ പകലുവാണ് അപ്പൊ ആ ആറുമാസം ദേവലോകത്തിൽ രാത്രിയാണ് ഇരുട്ടാണ് ഉത്തരായണ കാലത്തിലാണ് അതാണ് ഈ മാർഗശീർഷ മാസം ഏകദേശം അവിടെ നേരം വിളിച്ചാവണം ദേവന്മാരുടെ അപ്പൊ ഈ ഇദ്ദേഹം വസുവാണ് അദ്ദേഹത്തിന് അവിടെ ഡ്യൂട്ടി ഉണ്ട് ജോലി ഉണ്ട് അങ്ങനെ ദേവലോകത്തിലേക്ക് പോവാനാണ് ഉത്തരായണമെന്നല്ലാതെ മുക്തിമാർഗമല്ല അങ്ങനെ ഉത്തരായണത്തിന് കാത്തുകൊണ്ട് കിടക്കുമ്പോഴാണ് ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കുന്നതും തഥോപസംഹൃത്യഗിരസഹസ്രണീ വിമുക്തസംഗമന ആദിപൂരുഷേം കൃഷ്ണേലസത്പീതപടേ ചതുർഭുജേം പുരസ്ഥിജേലിതൃവ്യധാരയത് വിശുദ്ധയാധാരണയാതാശുഭ ായുധവ്യതഹ നിവൃത്ത സർവേന്ദ്രിയ വൃത്തിവിഭ്രമ തുഷ്ടാവ ജന്യം വിസൃത ജനാർദ്ദനം ജനാർദ്ദനം തുഷ്ടാവ ഭഗവാനെ ഭഗവാനെ സ്തുതിക്കുന്നു ഭഗവാനെ എങ്ങനെയാ ഭീഷ്മർ കാണുന്നത് എന്ന് വെച്ചാൽ ചതുർഭുജ മൂർത്തിയായിട്ടല്ല വൃന്ദാവനത്തിലുള്ള മൂർത്തിയായിട്ടല്ല അതൊക്കെ പിന്നീട് ആദ്യം ഭീഷ്മർക്ക് വാസനയ്ക്കനുസരിച്ചാണ് ഭക്തി എല്ലാവർക്കും അവരവരുടെ വാസനയ്ക്കനുസരിച്ചാണ് ഭക്തി ഘോരമായ സ്വഭാവമുള്ള ആളുകൾക്ക് അതിനനുസരിച്ചൊരു ഭാവം ശാന്ത സ്വഭാവമുള്ളവർക്ക് അതിനനുസരിച്ചൊരു ഭാവം വാത്സല്യഭാവം മധുരഭാവം ഇതൊക്കെ അവരവരുടെ വാസനയ്ക്കനുസരിച്ചാണ് ഇപ്പൊ ഭീഷ്മർ യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധഭൂമിയിലാണ് കിടപ്പ് അപ്പൊ ഭീഷ്മർക്ക് മനസ്സിൽ വരുന്നത് യുദ്ധഭൂമിയിൽ തേർത്തട്ടൽ അർജുനന്റെ തേരോട്ടിയായിട്ടുള്ള കൃഷ്ണന്റെ പാർത്ഥസാരഥിയായിട്ടുള്ള രൂപമാണ് ഇതിമതിരുപകൽപ്പിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂമി സ്വസുഖമുപഗതേ കൊചിത് വിഹർത്തും പ്രകൃതി മുപേയുഷിയത് ഭവത് ത്രിഭുന കമലം തമാലവർണ്ണവിര ഗൗരവരാംബരം ദാനേ വപുരലകുലാമൃതാന വിജയസഖേ രഥിരസ്തു മേ അനവധ്യുധിഗരജോ വിധും രവിഷക്കജലുളിതശ്രമവാരി അലംകൃതേ മമ നിശിതശരൈ വിഭ്യമാന ത്വി വിലസത് കവചേസ് ആത്മാ സപതി സഖിവോ നിശമ്യ മധ്യേ നിജപരയോർബല നിവേശ്യ സ്ഥിതവതി പരസൈനികുരക്ഷാ ഹൃദവതി പാർത്തസഖേരതിർമ്മസ്തു വ്യവഹൃത മുഖം നിരീക്ഷ്യ സ്വജനവധാ വിമുഖ്യോഷബുദ്ധ്യ കൂമതി അഹരദാത്മവിദ്യയാണരതി പരമസ്യ തേസ് യുദ്ധഭൂമിയിലേക്ക് തേരോട്ടിക്കൊണ്ടുവരുന്ന കൃഷ്ണൻ വളരെ വേഗത്തിൽ തേരോട്ടിക്കൊണ്ടുവരുമ്പോൾ കുതിരക്കുളമ്പടി കൊണ്ട് മണ്ണ് പറന്ന് ഭഗവാൻ വേർതിരിക്കാം നമുക്ക് അങ്ങനെയൊരു കൃഷ്ണനോ കൃഷ്ണൻ എപ്പോഴും അലങ്കരിച്ച് ഒക്കെ നല്ല അലങ്കാരമായിട്ടിരിക്കുന്ന കൃഷ്ണനാണ് നമ്മളുടെ ഓർമ്മയിൽ ഇവിടെ ഭീഷ്മർ കാണുന്ന കൃഷ്ണൻ വേർത്ത് കുളിച്ച് ഈ യുദ്ധഭൂമിയിലുള്ള മണ്ണൊക്കെ ഭഗവാന്റെ മേലെ ഒട്ടിപ്പിടിച്ചിരിക്കാത്ത श्रम अलंकृत निशित शरिमा शरम को शरीर पड़ियाे आत्माजो विदूम्र विश्वक श्रम अलंकृता सेपति सखिव निशम्य युद्धभूम तेरोट അർജുനൻ പറഞ്ഞു രണ്ട് രഥ സൈന്യത്തിന്റെ നടുവിൽ എന്നെ രഥം കൊണ്ട് നിർത്തു സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത ഭഗവാൻ കൊണ്ടു ചെന്ന് നിർത്തി തേര് നിർത്തിയിട്ട് എവിടെയാ നിർത്തുക അതിലൊരു കുറുമ്പ് ഭീഷ്മ ദ്രോണ പ്രമുഖത ഒരു വശത്ത് ഭീഷ്മ ഒരു വശത്ത് ദ്രോണ എന്നിട്ട് പശ്യീതാൻ സമവേതാൻ ഹേ അർജുന നോക്കൂ മുത്തശ്ശൻ ഗുരു വേണമെന്ന് വെച്ച് കാണിച്ചു കൊടുത്തു ആ തേര് നിർത്തിയിട്ട് എല്ലാരെയും ഒന്ന് നോക്കിയത്രേ ഭഗവാൻ കണ്ണുകൊണ്ട് എല്ലാരെയും ഒന്ന് നോക്കി പരസൈനിക ആയുഹു അക്ഷണാഹൃതവതി ചക്ഷുർദീക്ഷയാണ് കണ്ണുകൊണ്ട് അങ്ങനെ നോക്കി എല്ലാവരുടെ ആയുസും കണ്ണുകൊണ്ട് ഹരിച്ചു കൊന്നാണ് നോക്കി ഭീഷ്മ പറഞ്ഞു ആ നോട്ടത്തിന്റെ അർത്ഥം ഭഗവാനെ എനിക്ക് മനസ്സിലായി ഓരോ ആളെയും നോക്കും മയ്യത്തെ നിഹതാഹ അപൂർവമേവൻ ഓരോന്നും ക്ലോസ് ഇനിയിപ്പോ നിമിത്ത മാത്രം ഭവസദ്യ സാധ്യത അർജുന വേണമെങ്കിൽ യുദ്ധം ചെയ്ത് പേര് നേടിക്കൊള്ളൂ പക്ഷെ ഞാൻ ഇവരെയൊക്കെ ആദ്യമേ വധിച്ചു കഴിഞ്ഞു ദൃഷ്ടി തന്നെ അനുഗ്രഹം ആ ദൃഷ്ടി എന്നെ മേലെ വീണുവല്ലോ ആ നോക്കിയ നോട്ടം എനിക്ക് മറക്കാൻ വയ്യ ഇത് ഓരോന്നും ഓർമ്മയിലെ നിൽക്കണം പരസൈനിക ധ്യാനം എന്ന് പറയുന്നത് എളുപ്പത്തിലൊന്നും വരില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ലൈറ്റ് കൊളുത്തി വെച്ച് ഒരു ഇരുട്ടുമുറിയിൽ ഇരുന്നാലേ തലയ്ക്ക് കിറുക്ക് പിടിക്കുന്നില്ലാതെ ധ്യാനമൊന്നും വരില്ല ഉയർന്ന ആവിർഭാവത്തിൽ ഭഗവാന്റെ ഏതെങ്കിലും മൂർത്തി കാണണം ഗുരുവായൂരപ്പനെ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുള്ള ഭക്തന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലും ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഭാവമൂർത്തി ഒരിക്കൽ ദർശിച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനം ആർക്കോ ക്ലാസ് ഒന്നും എടുത്തു കൊടുക്കണ്ട മെഡിറ്റേഷനൊന്നും ക്ലാസ് എടുത്തിട്ടൊന്നും വരില്ല ഒരു അമ്മയ്ക്ക് കുട്ടിയെ സ്നേഹിക്കാൻ ആരെങ്കിലും ക്ലാസ് എടുത്തു കൊടുക്കോ ഒരു ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ ക്ലാസ് എടുത്തു കൊടുക്കുക എന്ന് വെച്ചാൽ എന്ത് വിട്ടിത്തം അല്ലേ ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും വരില്ല ഭഗവാന്റെ ഉന്നത ആവിർഭാവ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു മൂർത്തി അല്ലെങ്കിൽ അത്ര ഉയർന്ന നിലയിൽ സ്വയം ഭഗവത് സ്വരൂപിയായ മഹാത്മാക്കളെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ദൃഷ്ടി മേലെ വീണിട്ടുണ്ടെങ്കിൽ മൃഗനാഥ് സ്വാമി എന്ന് പറഞ്ഞു ഒരു വലിയ മഹാത്മാവുണ്ടായിരുന്നു രമണ മഹർഷിയുടെ പരമഭക്തൻ മുപ്പതിനായിരം തമിഴ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം സ്വാമികളോട് ഒരു പത്ര റിപ്പോർട്ടറെ ചോദിച്ചു കുറെ നേരത്തിന് ഉത്തരമേ പറഞ്ഞില്ല സ്വാമി സ്വാമിയോട് ചോദിച്ചു സ്വാമി നിങ്ങൾ എന്ത് സാധന ചെയ്തു എന്ത് ധ്യാനം ചെയ്തു സാധനയാണ് ദേഷ്യം എനിക്ക് കണ്ണടയ്ക്കാനേ എന്റെ ഗുരു സമയം തന്നില്ല എന്നാണ് നിജ ആ നോക്കി നോക്കി നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ ആ അനുഭവം ഹൃദയത്തിലുണ്ടായി എന്ത് ധ്യാനം മെഡിറ്റേഷൻ സാധന എന്ത് ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപം മുമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാവദർശനം മുമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മഹാത്മാക്കളുടെ ദർശനം മുമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞൊന്നും കൊടുക്കണ്ട ആ ഒരു നോട്ടം ഒരു ദർശനം ഒരു ദൃഷ്ടി നമ്മളുടെ മേലെ വീഴല് ഏതെങ്കിലും ഒരു ഭാവത്തിലുള്ള ഭഗവാന്റെ ദർശനം നമുക്ക് മറക്കാനേ പറ്റില്ല പിന്നെ ജീവിതം മുഴുവൻ അത് മതി ഇവിടെ ഭീഷ്മര് മരിക്കാൻ കിടക്കുമ്പോ പറയണതും അതാണ് കൃഷ്ണൻ എന്നെ ഒന്ന് നോക്കി എന്നാണ് അതെങ്ങനെ നോക്കി രഥം കൊണ്ടുവന്ന് നിർത്തി അതിൽ ഇടുപ്പിൽ കൈവെച്ചങ്ങനെ നിന്ന് ഒരു നോട്ടം അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഓരോരു നോട്ടം നോക്കിയത് ആ ദൃഷ്ടി പരസൈനിക ആയുഹു അക്ഷണാഹൃതവതി ആയുഷ എന്ന് വെച്ചാൽ ഹൃദയത്തിനെ ഹരിച്ചു എന്നെ തന്നെ ഹരിച്ചേ പാർത്ഥസഖേ അതാണ് എന്താണ് ഹരിക്കണം ഭഗവാൻ നമ്മളെ ഹരി ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധ്യാനം വരും ഹരിക്കൽ എന്താ മോഷ്ടിക്ക കൃഷ്ണൻ വെണ്ണ കെട്ടു എന്താ വെണ്ണ ഹൃദയമാണ് ഹൃദയത്തോടെയാണ് വെണ്ണവും വെണ്ണയും മോഷ്ടിച്ചതെന്നാണ് ബട്ടേരി പറയുന്നത് ഹൃദയമപി മുഷിത്വ ഹർഷസിന്ധൂന്യ ഹൃദയമപ്പി മുഷിത്വ ഹൃദയം മോഷ്ടിച്ചാൽ അവർക്ക് പോയി മെഡിറ്റേഷൻ ക്ലാസ് എടുത്തു കൊടുക്കുക ആരെങ്കിലും രാമകൃഷ്ണ പരമഹംസരുടെ മുമ്പിലിരുന്ന് കുറെ ഭക്തന്മാർ കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഭക്തൻ ഗിരീഷ് ചന്ദ്ര ഘോഷ് അദ്ദേഹം അവിടെ മത്ത് ലഹള കൂട്ടായിരുന്നു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ചെന്ന് പറഞ്ഞു എന്താ ഗിരീഷ് ലഹളം കൂട്ടും ബഹളം കൂട്ടണം ഇവിടെയൊക്കെ ധ്യാനിക്കുന്നത് കണ്ടല്ലേ ഓ വലിയ മഠയന്മാർ ഇരുന്ന് ധ്യാനം ചെയ്യണം ഏത് മൂർത്തിയെ കണ്ണു തുറന്ന് കണ്ട് ആസ്വദിക്കണോ അത് മുമ്പിലിരിക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് എന്തിനാ ധ്യാനിക്കുന്നത് കണ്ണടച്ച് എന്താ ധ്യാനം ചെയ്യണത് ദർശനത്തിന് ഒരു ഭാഗ്യം കിട്ടിയാൽ മറക്കാനേ വയ്യാന്നാണ് ഭഗവാൻ എങ്ങനെ വന്ന് നിന്ന് എന്റെ നേരെ ഒന്ന് നോക്കി വിസ്തിവതി പഴ സൈനിക ആയു അക്ഷണ ധൃതവതി സ്നേഹത്തോടെ നോക്കല് ഉദാസീനത്തോടെ നോക്കല് എല്ലാത്തിനേക്കാളും ബലം എന്തിനാറിയോ ദേഷ്യത്തോടെ നോക്കൽ സ്വനിഗമമപഹായമപ്രതിജ്ഞാമൃതം അധികർത്തും അവപ്ലുതോ രഥസ്ഥ ണോ ചളു ഹരിവ ഹിഭം ഗതോത്തരീയ ഭീഷ്മര് അതിഭയങ്കരമായി യുദ്ധം ചെയ്തു പാണ്ഡവ സൈന്യം മുഴുവൻ നശിച്ചു പോകുന്നുള്ള ഘട്ടം വന്നു അർജുനന് മുത്തശ്ശെന്നുള്ള ഭാവമേ വിട്ടുപോണില്ല അർജുനൻ ഭീഷ്മരുടെ മുമ്പിൽ യുദ്ധം ചെയ്യില്ല ഭഗവാന് മതിയായി അർജുനനോട് പറഞ്ഞു തനിക്ക് പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല ഞാൻ ഇന്ന് കാണിച്ചു എന്ന് പറഞ്ഞ് രഥചക്രം എടുത്തുകൊണ്ട് തേരുത്തട്ടിൽ നിന്ന് ചാടി ചാടുമ്പോ ഭഗവാന്റെ ഉത്തരിയും അങ്ങനെ പറന്ന് തേരുത്തട്ടിൽ വീണു അത്രേ സിംഹ ഒരു ആനയെ അടിക്കാനായിട്ട് ചാടി വരുന്ന സിംഹത്തിനെ പോലെ ആ ചാടി വരുന്ന രൂപം അങ്ങനെ ഭീഷ്മരെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇപ്പൊ വധം ചെയ്യും എന്നുള്ള മട്ടിൽ വരുമ്പോ ഭഗവാന്റെ കൃപയെ അങ്ങനെയാണ് ഈ ജീവന്റെ മുമ്പിലേക്ക് വരിക തന്നെ ഞാൻ വിഴുങ്ങുന്നുള്ള മട്ടിലാണ് ആ വരുന്ന വരവ് തന്റെ മുമ്പിലേക്ക് വരുന്ന വരവ് ഭീഷ്മരെ അങ്ങനെ നോക്കി നിന്നിട്ട് ഭീഷ്മർ പറഞ്ഞു അത്രേ ഭഗവാനെ ഇതിനേക്കാൾ എന്ത് ഭാഗ്യം മത്പ്രതിജ്ഞാ മൃതമധികർത്തും അവപ്ലുതോ രഥസ്ഥ അർജുനൻ കാല് കെട്ടിപ്പിടിച്ചു ഭഗവാനെ അരുത് അവിടുന്ന് പ്രതിജ്ഞാലംഘനം ചെയ്യരുതേ വരൂ വരൂ ഭഗവാൻ പറഞ്ഞു എനിക്ക് പ്രതിജ്ഞയൊന്നും പ്രശ്നമല്ല അത് ഈ ഭീഷ്മർക്കാണത് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ കാരണമാണ് യുദ്ധമേ നടക്കുന്നത് ധൃതരഥചരണോ രഥചരണം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭീഷ്മര് കൃഷ്ണൻ അർജുനൻ കരഞ്ഞു വിളിച്ചപ്പോ ഞാൻ യുദ്ധം ചെയ്യാം യുദ്ധം ചെയ്യാമെന്ന് കരഞ്ഞു അപ്പോ ഭീഷ്മരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോയി അത്ര ഭഗവാൻ അതെങ്ങനെ മറക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പതുക്കെ പതുക്കെ ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയനിരീക്ഷണ കൽപ്പിത്തോ റുമാനാഹൃതമനു ഉന്മദന്താഹ പ്രകൃതിമകങ്കിളയസ്യ ഗോപവധ്വ മധുരഭാവത്തിലേക്ക് വന്നു ആ വീരഭാവം യുദ്ധഭാവം പോയി മധുരഭാവത്തിലേക്ക് വന്നു ആ ഗോപസ്ത്രീകൾ മുഴുവൻ ഗോപികകൾ തന്നെ പറയണു ഞങ്ങളെ ഒക്കെ പാട്ടിലാക്കിയാണ് ഇങ്ങനെ ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ ഇവന്റെ ലളിതമായിട്ടുള്ള പെരുമാറ്റവും ഗതി വിലാസം വൽഗുഹാസം മന്ദഹാസം പ്രണയത്തോടുകൂടിയുള്ള നിരീക്ഷണം ഇതുകൊണ്ടൊക്കെ ഉന്മദാന്ത ഉന്മാദം പിടിച്ച പോലെയായ ആ ഗോപസ്ത്രീകൾ ഇവൻ ചെയ്യുന്നതൊക്കെ അനുകരിച്ചു കൃതമനുക ഉന്മദാന്ത അങ്ങനെ ഉന്മാദം പിടിച്ചവരെ പോലെ ഇവന്റെ പുറകെ നടന്ന എന്താ പ്രകൃതി മകൻ കിളയസ് അവരൊക്കെ ജ്ഞാനികളായിട്ട് തേറും നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാവ അന്തരാത്മദൃക് പതുക്കെ രാജസൂയയാഗവേളയിൽ ഭഗവാൻ അഗ്രാപൂജ അഗ്രാസനത്തിലിരുത്തി പൂജ ചെയ്ത് ആ ഭാവം ഉള്ളിൽ അവസാന അവസാനം മനസ്സ് പൂർണ്ണമായും അടങ്ങി ഏതൊന്നിനെ ഉപനിഷത്തുകളൊക്കെ തത്പദവാച്യമായ ബ്രഹ്മമായിട്ട് പറയുന്നു അതിനെ തന്നെ തൊമ്പദവാച്യമായി തന്റെ ഉള്ളിൽ ഞാൻ ഞാൻ എന്നുള്ള അനുഭവമായി ഐക്യരൂപേണ ഭീഷ്മർ അനുഭവിച്ചു തം ഇമം അഹം അജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനാം തം ഇമം അഹം പദം പിരിക്കുക അഹം ഏതൊന്ന് ഞാൻ ഞാൻ ഞാൻ എന്ന് ഹൃദയത്തിൽ അനുഭവിക്കുന്നു അത് തന്നെയാണ് ഇത് ഏതിനെ അത് എന്ന് ശ്രുതിപ്പെരണോ അത് തന്നെ ഇത് ആ ഇത് തന്നെ എന്റെ ഉള്ളിൽ അഹം എന്റെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവിക്കുന്നു എന്റെ ഉള്ളിൽ മാത്രമാണോ ഹൃദി ഹൃദി ധിഷ്ഠിതം ഓരോരുത്തരുടെ ഹൃദയത്തിലും എങ്ങനെ ഒരേ വസ്തു ഓരോരുത്തരുടെ ഹൃദയത്തിലും പ്രതിദൃശം ഇവദാർക്കം ഏകം ഒരു ആകാശത്തിലിരിക്കുന്ന സൂര്യൻ അനേകം പേർ കണ്ണുകൊണ്ട് കാണുന്നു ഒരേ സൂര്യൻ പത്തുകുടത്തിൽ വെള്ളത്തിൽ വെച്ചാൽ പത്തുകുടത്തിലുള്ള വെള്ളത്തിലും പ്രതിബിംബിക്കും അതുപോലെ ഏകവും അദ്വയവുമായ ഒരേ ബ്രഹ്മം ഓരോ ശരീരത്തിന്റെ ഉള്ളിലും ഞാൻ ഞാൻ എന്ന അനുഭവ ജീവാത്മാവായി ചിത്തഗത ചിത്പ്രതിബിംബലക്ഷണോ ജീവ ഓരോ ചിത്രത്തിലും ചിത്പ്രതിബിംബ രൂപത്തിൽ ഞാൻ എന്നുള്ള അനുഭവ രൂപത്തിൽ അന്തര്യാമിയായി ആത്മാവായി ഗൂഢമായി ഓരോ ഹൃദയത്തിലും ഇരിക്കുന്നത് ആ വസ്തുവാണ് ഞാൻ എന്നറിഞ്ഞ് വിധൂത ഭേദമോഹ രണ്ടുണ്ട് എന്നുള്ള ഭേദമോഹം മുഴുവനും പോയി സമധിഗതോസ്മി സമാധിസ്ഥിതനായിരിക്കുന്നു ഞാൻ നിർവികൽപ്പ സമാധിസുഖം ഞാനിതാ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരത്തെ ചെക്കേറുന്ന പക്ഷികളൊക്കെ അതാത് കൂട്ടിൽ ചെന്ന് ചേക്കേറിക്കഴിഞ്ഞാൽ നിശ്ചലത വരുന്ന പോലെ വയാംസീവ ദിനാത്തേയെ ആ നിശ്ചലത വരുന്ന പോലെ പെട്ടെന്നൊരു നിശ്ചലത അവിടെ മുഴുവൻ പരന്നു ഒരു പുഷ്പം വിരിയുമ്പോൾ സുഗന്ധം വരുന്ന പോലെ സന്ധ്യാകാലത്തിൽ ചില പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയത്ത് ആ ഒരു സുഗന്ധം പരക്കും ചിലതൊക്കെ പകൽ പ്രഭാതത്ര അതുപോലെ പെട്ടെന്ന് അവിടെ ഒരു നിശ്ചലത അവിടെ മുഴുവൻ അങ്ങോട്ട് പരന്നു ആ നിശ്ചലതയുടെ ലക്ഷണം എന്താന്ന് വെച്ചാൽ സമ്പദ്ധ്യമാനം ആജ്ഞായം ഭീഷ്മം ബ്രഹ്മണി നിഷ്കലി മഹാത്മാക്കൾ ജ്ഞാനികളുടെ സമ്പർക്കത്തിൽ നമുക്ക് അറിയാം സാധാരണമായിട്ടിരിക്കും പെട്ടെന്ന് അവിടെ മുഴുവൻ ഒരു ശാന്തി പരക്കും ഒരു നിശ്ചലത പരക്കും ആ നിശ്ചലത വളരെ പാഴ്പബിളായിട്ട് നമുക്ക് തൊട്ടുനോക്കാം അതുപോലെ ഒരു നിശ്ചലത പരക്കും ആ നിശ്ചലതയ്ക്ക് എവിടെ കാരണം അവരുടെ ഹൃദയത്തിൽ സമ്പദ്ധ്യമാനം പെട്ടെന്ന് അവർ ഒരു സെന്ററിൽ പോയി ഹൃദയത്തിൽ പോയി അങ്ങോട്ട് നിന്നു അവർ ഹൃദയത്തിൽ ആ നിശ്ചലത്തെ നിന്നപ്പോൾ ടാപ്പ് തുറന്നാൽ വെള്ളം വരുന്ന പോലെ ഹുശന്ന് അവിടെ മുഴുവൻ അങ്ങോട്ട് വന്നിട്ട് ആ ശാന്തി അങ്ങോട്ട് ആ അങ്ങോട്ട് പരക്കും ആ നിശ്ചല തത്വം അവിടെ മുഴുവൻ അതേപോലെ ഭീഷ്മർക്കും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഭീഷ്മർ പെട്ടെന്ന് അങ്ങോട്ട് നിശ്ചലമായി നിശ്ചലമായി അവിടെ മുഴുവൻ ആ ശാന്തിയും പരന്നു പക്ഷികളൊക്കെ കൊണ്ട് കൂട് കയറിയ പോലെ പ്രാണനും ചിത്തവൃത്തികളൊക്കെ കൊണ്ടുപോയി ഉള്ളിൽ ഹൃദയത്തിൽ കൂട്ടിൽ പോയി കയറി ആ കൂട്ടിൽ കയറി നമ്മളുടെ ഒക്കെ ലക്ഷ്യം അതാണ് എല്ലാം കൂട്ടക്കൊട്ടോട് കോട്ടയ്ക്കകമേറി സുഹിപ്പാൻ വരന്താം തട്ടിക്കൂട്ടി കൂട്ടക്കൊട്ടോട് കോട്ടയ്ക്കകമേറി നാരായണ ഗുരുസ്വാമിയോടത്ത് പറഞ്ഞ് എല്ലാം പ്രാണനെയും ഒക്കെ പിടിച്ച് അതൊക്കെ ഒതുക്കി കോട്ടയ്ക്കകമേറി ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കോട്ടയ്ക്കകത്തേക്ക് ഹൃദയത്തിലേക്ക് കയറി പ്രാണനും ഒക്കെ മനസ്സും കയറി ഹൃദയത്തിൽ അടങ്ങിയതാണ് ആ നിശ്ചലമായപ്പോ സ്വന്തശ്വാസ ഉപാരമത് ശ്വാസൻ പ്രാണനും ചിത്തവൃത്തികളും ശ്വാസവും ഒക്കെ പ്രാണനും ചിത്തവൃത്തികളും ഒക്കെ ഹൃദയത്തിലടങ്ങി തസ്യ പ്രാണാഹാ ഉത്ക്രാമന്തി ജ്ഞാനികൾക്ക് പ്രാണൻ ഉത്ക്രമിക്കണില്ല എന്നാണ് ഹൃദയത്തിലടങ്ങിയതോടുകൂടെ എല്ലാവർക്കും ഒരു ശാന്തി ഉണ്ടായി എല്ലാവരുടെ ചിത്തവും അടങ്ങി അങ്ങനെ ഭീഷ്മരുടെ മോക്ഷം